ഥിപേ ശ്രാവയ ശുഭിരം പാർത്ഥ്യ ആർത്തിഹരോ ദൂർത്തി സ പാതുനഃ ഹരി ഓത്തപ്രസാദത്തിനെയാണ് ഭഗവാൻ യോഗം എന്ന് പറഞ്ഞത് അകമയ്ക്ക് ഏർപ്പെടുന്ന പ്രസന്നത തെളിച്ചം സ്വസ്വരൂപ വിചാരത്തിലും സാധനയിലും ഭക്തി ശ്രദ്ധ ധ്യാനയോഗം ഇത് മൂന്നുമാണ് സാധന എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രദ്ധാഭക്തിയോഗാൻമുക്ഷോ മുർത്തൂന്വക്തി സാക്ഷാത് ശ്രുത ശ്രദ്ധ എന്നുവെച്ചാൽ ബ്രഹ്മവിദ്യ കേൾക്കുമ്പോ തന്നെ അതിൽ ഏർപ്പെടുന്ന അനുഭൂതി അതാണ് ശ്രദ്ധ ശാസ്ത്ര ഗുരുവാക്യ സത്യബുദ്ധ്യ അവധാരണ ഇന്റലക്ച്വലൈസേഷൻ ഒന്നും വേണ്ട ചിന്തിച്ചു നോക്കണം എന്നില്ല ഗുരുവാക്യമോ ശാസ്ത്രവാക്യമോ കേൾക്കുമ്പോ തന്നെ അതിൽ ഏർപ്പെടുന്ന അനുഭവം ആണ് കൺവിക്ഷൻ ശ്രദ്ധ ഭക്തി ധ്യാനയോഗം ശ്രദ്ധയുടെ അടുത്ത പടിയാണ് ഭക്തി ശ്രദ്ധയുണ്ടെങ്കിലേ ഭക്തിയുള്ളൂ ഗുരുവാക്യത്തിൽ ശ്രദ്ധ ഏർപ്പെടുമ്പോ സഹജമായിട്ട് അടുത്ത പടി ഭക്തി ഭക്തി എന്ന് ഇവിടെ ഭഗവാൻ പറയുന്നത് ഭാവന എന്ന പദം ഭഗവാൻ ഇന്നലെ പറഞ്ഞു ഭാവന എന്ന് പറയുമ്പോൾ ഒരു വിഷമവും കൂടാതെ സഹജമായിട്ട് ഏർപ്പെടുന്ന അനുസന്ധാനം അത് ഭക്തി ഭക്തിയെ ആചാര്യസ്വാമികൾ സ്വസ്വരൂപ അനുസന്ധാനം എന്ന് വ്യാഖ്യാനിച്ചു സ്വസ്വരൂപ അനുസന്ധാനമാവട്ടെ ഏതെങ്കിലും ഭഗവത്ഭാവത്തിലാവട്ടെ ഭക്തി ഒന്ന് തന്നെ ഭക്തി ശ്രദ്ധ ഭക്തി ധ്യാനയോഗം ധ്യാനയോഗം എന്നുവെച്ചാൽ വിളക്ക് കാറ്റില്ലാത്ത ഇടത്തുള്ള ദീപം പോലെ യഥാദീപോ നിവാതസ്ഥോ നേത്തെ സോപമാ സ്മൃത യോഗിനോ യഥിത്ത യുഞ്ചതോ യോഗം ആത്മന ആറാമത്തെ അധ്യായം മുഴുവൻ ധ്യാനയോഗമാണ് അവിടെ ഭഗവാൻ പറയുന്നു യഥാ ദീപ നിവാതസ്ഥാതം എന്ന് വെച്ച കാറ്റില്ലാത്ത സ്ഥലത്തുള്ള ദീപനാളം പോലെ ഫ്ലിക്കർലെസ് ഫ്ലെയിം ഒരു ചലനമില്ലാത്ത ദീപനാളം പോലെ നെ സോപമാസ്മൃത അതിനെ ഉപമിച്ചുകൊണ്ട് യോഗിനോ യഥിത്ത യുഞ്ചതോ യോഗം ആത്മന യോഗിയുടെ ചിത്തം യോഗത്തിന് വഴങ്ങിക്കൊടുത്ത് അതിന് തൊട്ടു മുമ്പുള്ള ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു യഥാ വിനിയതം ചിത്തം ആത്മന്യേവ അവതിഷ്ഠത്തെ നിസ്പൃഹസർവകാമേഭ്യോ യുക്തീതി ഉച്ച ഇന്നലെ നമ്മള് യുക്തം എന്നുള്ളൊരു പദമാണ് നമുക്കിവിടെ മുഖ്യം അത് ഗീതയിൽ ഒരിടത്ത് ഭഗവാൻ പറഞ്ഞ ഒരു വാക്കിന് മറ്റൊരിടത്ത് ഭഗവാൻ തന്നെ അതിന് വ്യാഖ്യാനം പറയുന്നുണ്ട് നമുക്ക് മറ്റൊരു ഭാഷയമോ ഒരു വ്യാഖ്യാനമോ ശരിക്കും ആവശ്യമില്ല ഗീത നമ്മള് ടി പാരായണത്തിൽ അനുസന്ധാനം ചെയ്തുകൊണ്ടേ പോയാൽ ഒരിടത്ത് ഭഗവാൻ പറഞ്ഞ ഒരു വാക്കിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അതങ്ങട്ട് തള്ളി വിട്ടുകൊണ്ട് പോവാ മറ്റൊരിടത്ത് ഭഗവാൻ തന്നെ ആ മനസ്സിലാവാത്ത വാക്കിന് അർത്ഥം പറയും ഇപ്പോ ഇന്നലെ ബുദ്ധിഹി അയുക്ത എന്നുവെച്ചാൽ അയുക്ത ഭാവന എന്നുവെച്ചാൽ അഭാവയത ശാന്തി അശാന്തസുഖം എന്നൊരു ശ്ലോകം അതിൽ യുക്തൻ എന്നൊരു വാക്ക് യുക്തൻ എന്നുവച്ചാൽ എന്താണ് അതിനുമുമ്പത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു രാഗദ്വേഷം ഇല്ലാത്തവനാണ് യുക്തൻ പക്ഷെ അത് ഡെഫനിഷൻ പോലെ പറഞ്ഞില്ല ഡെഫനിഷൻ പോലെ ആറാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു അലഞ്ഞു നടക്കുന്ന ചിത്രം മനസ്സ് ചിത്തവൃത്തികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് വിനിയത് വിനിയത് എന്ന് വെച്ചാൽ അത് ഉദിക്കുന്ന സ്ഥാനത്ത് തന്നെ ചിത്തവൃത്തികൾ ഇല്ലാതെ രമിക്കുന്നത് പുറമേക്ക് അലയുന്ന ചിത്തം ആത്മനിയേവ അവതിഷ്ഠത ആത്മാവിൽ തന്നെ നിൽക്കുന്നു എന്നുവെച്ചാലോ തന്നിൽ തന്നെ നിൽക്കുന്നു അനുഭൂതി സ്വരൂപമായ ഞാൻ ഉണ്ട് എന്നുള്ള ഉണർവില് അവബോധത്തിൽ തന്നെ ചലിക്കാതെ നിൽക്കുന്നു നിസ്പൃഹ എങ്ങനെ നിൽക്കുന്നു എന്തെങ്കിലും എഫേർട്ട് പരിശ്രമം കൊണ്ടല്ല പരിശ്രമം കൊണ്ട് നിർത്തിയാൽ പരിശ്രമം വിട്ടാ പോയി പോകും അപ്പൊ പരിശ്രമം കൊണ്ട് നിൽക്കുന്നതിന് യോഗം എന്ന് പറയാം ഇവിടെ ഭഗവാൻ പരിശ്രമം അല്ല പറഞ്ഞത് നിസ്പൃഹ സർവകാമേഭ്യഹോ ഈ ചിത്രത്തിന് വെളിയിൽ പോവാനുള്ള രുചി പോയി പോയി ചിത്തത്തിന് വെളിയിൽ വിഷയങ്ങളിലുള്ള രുചി പോയി വെളിയിൽ വിഷയങ്ങളിലുള്ള രുചി പോവാൻ രണ്ട് കാരണം ഒന്ന് വൈരാഗ്യം രണ്ട് വൈരാഗ്യം എന്നുള്ള പദത്തിന് രണ്ടർത്ഥം ഒന്ന് വിഷയങ്ങളോടുള്ള രാഗം പോയി മറ്റൊരർത്ഥം വിശേഷേണ ആത്മാവിൽ രാഗമേർപ്പെട്ടു രണ്ടുമുണ്ടായി വിഷയങ്ങളോട് വെറും രാഗം പോക്ക് മാത്രമല്ല ഇതറ രാഗവിസ്മാരണം വിഷയങ്ങളോടുള്ള രാഗം പോയി സ്വരൂപത്തിൽ രാഗം ഏർപ്പെടുകയും ചെയ്തു തന്നിൽ രാഗം താൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിന്റെ മൂലത്തിൽ സുഖം കണ്ടെത്തി തന്റെ സ്വസ്വരൂപം എന്താണ് എന്ന് പകൽ വെളിച്ചം പോലെ അകമേക്ക് തെളിഞ്ഞു പ്രകാശിക്കുമ്പോ ചിത്തം ആരുടെയും നിർബന്ധം കൂടാതെ യാതൊരു നിർബന്ധവുമില്ലാതെ സഹജമായിട്ട് തന്നെ നിസ്സ്പൃഹ സർവകാമേഭ്യാന്ന് ഒരാഗ്രഹങ്ങളോടും അതിന് യാതൊരു രുചിയില്ലാതായിപ്പോയിരിക്കുന്നു നിസ്പൃഹസർവകാമേഭ്യോ യുക്തയുതി ഉച്ചതേ തഥാ ആ സമയത്ത് അതിനെ യുക്തം എന്ന് പറയുന്നു ആ ചിത്തം അടങ്ങിയിരിക്കുന്നു എന്തുകൊണ്ട് പുറമേക്കുള്ള കാമനകളൊക്കെ ഈ ചിത്രത്തിന് വിട്ടുപോയി യുക്തസ്ഥിതിക്കാണ് ധ്യാനയോഗം എന്ന് പേര് ചലിക്കാത്ത ചിത്രത്തിന്റെ സ്ഥിതി ആ ധ്യാനയോഗം എന്ന് പറയുന്നത് അഭ്യാസേന തുകൗന്തേയാ വൈരാഗ്യേണ ചലഭ്യത എന്ന് ഭഗവാൻ ആറാം അധ്യായത്തിൽ പറയുന്നു വിടാതെ ഉള്ള പരിശ്രമത്തിന് അഭ്യാസം എന്ന് പേര് നമ്മള് ഭഗവത്യാനം ിക്കുമ്പോ മനസ്സ് ഭഗവാൻ ഒഴിച്ച് ബാക്കിയുള്ള സകല വസ്തുക്കളിലും രമിക്കണം ആ ചിത്രത്തിനെ പറഞ്ഞു പഠിപ്പിച്ചും എന്നിട്ടും സാധിച്ചിട്ടില്ലെങ്കിലോ എത്രയോ ആചാര്യന്മാർ പ്രാർത്ഥന ചെയ്ത് കാണിച്ചിരിക്കുന്നു ഭഗവാനെ മനസ്സ് പിടിച്ചാൽ നിൽക്കണില്ല മനസ്സിനെ അവിടുന്ന് ആകർഷിക്കൂ മനസ്സിപ്പ ലോകത്തിൽ ആകൃഷ്ടമായി പോകാൻ കാരണമെന്താ ലോകവസ്തുക്കളിൽ സുഖമുണ്ട് എന്ന് ധരിച്ചിരിക്കണത് കൊണ്ട് അങ്ങോട്ട് പോകണം അതേ ചിത്തത്തിന് ഇനിയിപ്പൊ ആത്മാവിലാണ് സുഖം എന്ന് പഠിച്ചാൽ ചിത്തം അങ്ങോട്ട് പോകും ഇപ്പൊ ചിത്തം ലോകത്തിലാണ് സുഖം എന്ന് ധരിച്ചിരിക്കണത് കൊണ്ട് എത്ര തന്നെ ഭഗവത് ധ്യാനത്തിൽ പിടിച്ചിരുത്തിയാലും പറഞ്ഞാ കേൾക്കാതെ ലോകത്തിലേക്ക് തന്നെ പോകണം ഇനിയിപ്പ ചിത്തം ലോകത്തിൽ സുഖമില്ല സ്വരൂപത്തിലാണ് സുഖം ഇതിന് രമണഭഗവാൻ ഒരു ഉദാഹരണം പറയും വീട്ടിൽ പശുവിനെ വളർത്തുന്നവരും അഴിച്ചുവിട്ടാൽ പശു മറ്റുള്ളവരുടെ തൊടിയിലൊക്കെ പോയിട്ട് അവിടെ വെച്ചിരിക്കുന്നതൊക്കെ കടിച്ചിട്ട് വരും അവർ വന്നു കംപ്ലൈന്റ് പറയും ഇതെല്ലാ ഗ്രാമങ്ങളിലും ഉള്ളവർക്ക് പരിചയമുള്ളതാണ് അവസാനം അപ്പൊ എന്ത് ചെയ്യണം പശുവിനെ തൊഴുത്തിലേക്ക് എട്ടിയിട്ട് അവിടെ അതിന് തീറ്റ കൊടുക്കണം എന്നിട്ട് അഴിച്ചുവിട്ടാൽ പിന്നെയും പഴയ സ്വഭാവത്തിൽ അത് പോകും വീണ്ടും വലിച്ചു കൊണ്ടുവന്ന് കെട്ടിയിട്ട് അവിടെ തീറ്റ കൊടുക്കണം ഇങ്ങനെ പരിശീലിപ്പിച്ച് പരിശീലിപ്പിച്ച് കെട്ടഴിച്ചു വിട്ടാലും പശു പോകില്ല എന്നുള്ളൊരു സ്ഥിതി വരണം അതേപോലെ ഈ ചിത്രം ഭഗവാനെ വിട്ട് ലോകത്തിൽ പോകുക എന്നൊരു സ്വഭാവം അതിന് എവിടുന്നോ വന്നു പോയിരിക്കണം ഇപ്പൊ ലോകത്തിനെ വിട്ട് ഭഗവാനിലേക്ക് വരണമെങ്കിൽ ചിത്തത്തിനോട് ആദ്യം ചിത്തത്തിന് വൈരാഗ്യം വരണം വൈരാഗ്യം എന്താണ് വാസ്തവമായിട്ട് ശാശ്വതമായിട്ട് ഇവിടെ ഒരു വസ്തുവേയുള്ളൂ ഭഗവാൻ ഒഴിച്ചു ബാക്കി കാണപ്പെടുന്നതൊക്കെ അശാശ്വതമാണ് അനിത്യമാണ് ഇതൊക്കെ നമ്മളെ ചതിക്കും അതുകൊണ്ട് മനസ്സേ അങ്ങോട്ട് പോകരുത് എന്നൊക്കെ പറഞ്ഞു നോക്കാം എല്ലാ ഭക്തന്മാരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചിത്രത്തിനെ പുറമേ തണ്ടുന്ന ചിത്തം പതുക്കെ പതുക്കെ പതുക്കെ അകമേക്ക് തിരിഞ്ഞുവരുന്ന സ്ഥിതി ഹൃദയത്തിലേക്ക് വരുന്ന സ്ഥിതി അങ്ങനെ തിരിച്ചുകൊണ്ടുവരുന്നതിന് പ്രത്യാഹാരം എന്ന് പേരും ദ്യമേ ഇപ്പൊ ധ്യാനത്തിലേക്കാണോ പോണതേ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം എന്ന് യോഗികളുടെ സമ്പ്രദായം നമുക്ക് യോഗശാസ്ത്രമൊന്നുമില്ലെങ്കിലും ഏകദേശം ഒരു യമനിയമൊക്കെ വേണം ഒരു ഫൗണ്ടേഷൻ ഒരു ഡിസിപ്ലിൻ വേണം എന്നിട്ട് പതുക്കെ ആസനത്തിൽ ഇരുന്ന് അലയുന്ന ചിത്തത്തിനെ അകമേക്ക് ആകർഷിക്കണം ചിത്തത്തിന് ഹൃദയത്തിൽ സുഖം കണ്ടെത്തണം ഹൃദയത്തിൽ സുഖം ചിത്തം ആരുടെ ചിത്തം ഹൃദയത്തിലേ രമിക്കുന്നുവോ അവരെയാണ് ഭഗവാൻ ഇവിടെ സ്ഥിരപ്രജ്ഞൻ യോഗി എന്നൊക്കെ പറഞ്ഞത് തണ്ടാരിൽ വീണ് മധുപുണ്ടാരമിക്കും ഒരു വണ്ടാണുഹൃതി നാരായണഗുരുസ്വാമികൾ അദ്ദേഹത്തിന്റെ ജനനീ നവരത്ന മഞ്ചരി എന്നൊരു കൃതിയുണ്ട് അദ്ഭുതമായ ഒരു കൃതി അതിൽ ഒരിടത്ത് പറയുന്നു ഒരു മുനി ഒരു മുനിയുടെ ചിത്തം എങ്ങനെ ഇരിക്കണമെന്ന് വെച്ചാൽ ഒരു താമരയിൽ ചെന്ന് ഇരുന്ന് തേൻ കുടിക്കുന്ന വണ്ടുപോലെ പുറമേക്ക് അലഞ്ഞു നടക്കുന്ന ചിത്തം ഹൃദയത്തിൽ വന്ന് ഹൃദയമാകുന്ന താമരയിൽ ഹൃദയകമലത്തിൽ ഹൃദയകമലത്തിൽ തേൻ കുടിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ആവണം അല്ലാതെ താമരയുടെ ചോട്ടിലിരിക്കുന്ന തവള പോലെ ആവരുത് ഭഗവാൻ ഒരു ശ്ലോകത്തിലെ പാടുന്നു നമുക്ക് വേണ്ടി പാടിക്കാണിക്കാണ് തര നാളും താളിനിർ തങ്കി തണ്ടലർ മണ്ടുഗം ആ ചിപ്പതേൻ ഉണ്മലർ അളിയായ് ചെയ്ത ഉയതി ഉണ്ട് ഉൻ തൻ നോതിൽ നാൻ ഉയർവിട്ടാൽ നട്ട തൂണാകും ഉൻ പഴിയേ വെപ്പുരു അരുണവ്രികർ ഒളിയേ വിണ്ണിലും നുണ്ണരുൾ വെളിയേ താമരയിൽ തേൻ കുടിക്കുന്ന വണ്ടായിരിക്കണം അല്ലാതെ തവളയായിട്ടിരിക്കരുത് എന്നാണ് ഞാൻ തവളയായി പോയല്ലോ എന്നാണ് താമരയുടെ ചോട്ടിലിരിക്കുന്ന തവള പോലെ ആ താമര ഹൃദയത്താമര വിരിഞ്ഞ് ഹൃദയത്താമരയിൽ തേൻ കുടിക്കുന്ന വണ്ടുപോലെ ചിത്തം ഹൃദയത്തിൽ ആത്മസ്വരൂപത്തിൽ രമിക്കണം ആ രമിക്കുന്ന സ്ഥിതിക്ക് യോഗം എന്ന് പേര് നിസ്പൃഹ സർവകാമേപ്യോ പുറമേക്ക് യാതൊന്നിലും അതിനു രുചിയില്ല പുറമേക്കുള്ള വസ്തുക്കളൊക്കെ ദുഃഖിപ്പിക്കണു എന്ന് നല്ലവണ്ണം കണ്ടതുകൊണ്ട് ആരും പറയാതെ തന്നെ ചിത്തം അകമേക്കിരിക്കണോ കുറേയൊക്കെ ചിത്തത്തിന് ലോകത്തിൽ ദുഃഖം വന്നാൽ ദുഃഖാനി ആലോക്യജന്തുഷു അലം ഉദിതവിവേകോഹം ആചാര്യവര്യാ ലബ്ധ്വാ ത്വദ്രൂപതത്വം ഗുണചരിതകഥാതി ഉദ്ഭവദ് ഭക്തിഭൂമായാമേനം തരിത് പരമസുഖമയേ ത്വത്പദേ മോദിദാഹേ ൂർവരംഗ പവനപുരപതേ നാശയാശേഷാന് ഭട്ടതിരി പറയണു ആദ്യത്തെ പടി ദുഃഖാനി ആലോക്യ ജന്തുഷു നമ്മള് ധ്യാനമൊക്കെ പരിശീലിക്കുമ്പോ അതിനോടൊപ്പം ചെയ്യേണ്ട ഒരു സാധന പുറമേക്ക് ആളുകളൊക്കെ ദുഃഖിക്കുന്നത് കണ്ട് കണ്ടു പഠിക്കണം എന്നാണ് ചിത്രത്തിനെ പഠിപ്പിക്കണം ചിത്രമേ ഈ ലോകത്തിൽ കണ്ടു ശാശ്വതമായ സുഖം ആർക്കും ഇല്ല വിദ്യാരണ്യസ്വാമികൾ പറയണു ആരെങ്കിലും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ഭ്രമ വരും അവരെത്ര സുഖമായിട്ട് ഇരിക്കണമെന്ന് തോന്നും എല്ലാരും പുറമേക്ക് ആരും ദുഃഖിക്കുന്ന പോലെ അധികവും കാണിക്കില്ല എല്ലാരും ഞങ്ങൾ സുഖമായി ഇരിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് നടക്കും അതുകൊണ്ട് ഈ ഒരു ഭ്രമം മാറണമെങ്കിൽ ആരോടെങ്കിലും നമുക്ക് ആ ഭ്രമം തോന്നണണ്ടെങ്കിൽ കുറച്ചു കാലം അവരുടെ കൂടെ പോയി ഇരിക്കണത് നല്ലതാണെന്നാണ് ആ വാസന കളയാനായിട്ട് കുറച്ചു കാലം അവരുടെ കൂടെ ഇരുന്നാൽ കാണാം അവരും ദുഃഖിക്കണു ഒക്കെ പുറമേക്കുള്ള ഈ ചട്ടയേ ഉള്ളൂ ഇങ്ങനെ പതുക്കെ പതുക്കെ ദുഃഖാനി ആലോക്യ ജന്തുഷു എവിടെ നോക്കിയാൽ ഈ ദുഃഖമുണ്ടെന്ന് കാണുമ്പോ അലം ഉദിത വിവേക മതി എന്ന് തോന്നുന്നു ലോകത്തിലുള്ള ഈ പ്രവർത്തനം വിവേകം പതുക്കെ അകമെ ഉദിക്കുന്നു ആ വിവേകം ഉദിച്ചു കഴിഞ്ഞ് ഭഗവാന്റെ ദിവ്യരൂപമോ മന്ത്രമോ ആത്മവിചാരമോ എന്ത് സാധനയാണെങ്കിലും ഒരു സദ്ഗുരു ഉപദേശിച്ചാൽ ഫലിക്കും ഈ വിവേകം ഉദിക്കുന്നതിന് മുമ്പ് ഉപദേശിക്കുമ്പോൾ എന്താവുന്നു എത്ര തന്നെ അകമയ്ക്ക് ഭഗവത്യാനം ചെയ്യാൻ ശ്രമിച്ചാലും ചിത്തം പുറമേക്ക് ചാടി ചാടി ചാടി പുറമേക്ക് പോയിക്കൊണ്ടിരിക്കും അങ്ങനെ ഹൃദയത്തില് ആ രമണം ഏർപ്പെടുമ്പോ ആ രമണത്തിന് ഭഗവാൻ ഇവിടെ യുക്തസ്ഥിതി എന്ന് പറഞ്ഞു ആ യുക്തനായിട്ടുള്ളവന് ക്രമേണ ശാന്തി ഉണ്ടാകും ആ ശാന്തിക്ക് ബ്രാഹ്മിസ്ഥിതി എന്ന് പേര് ഈ ശാന്തിയുടെ രസം അല്പമൊന്നും അനുഭവിച്ചിട്ടില്ലെങ്കിൽ ജീവിതത്തിന് എന്തർത്ഥം എന്ന് ഭഗവാൻ ഒരു ചോദ്യം പോലെ ഇന്നലെ എടുത്തിട്ടു അശാന്തസ്യ കുതസുഖം ശാന്തിയില്ലാത്തവന് എവിടെ സുഖം എല്ലാം ഉണ്ട് ഒരിക്കൽ ഒരു ഭക്തൻ വിഷ്ണുവിനെ ഉപാസിച്ചു വിഷ്ണു ഭഗവാൻ തപസ് പ്രത്യക്ഷപ്പെട്ടു ഈ ഭക്തൻ പലതും ചോദിച്ചു ഭഗവാനോട് ഭഗവാൻ എല്ലാം ഒരു ബാഗ് മുമ്പിൽ വെച്ചിട്ട് ആ ബാഗിലുള്ള സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുക അത്ര ഇയാൾ ചോദിക്കുന്ന വസ്തുക്കളൊക്കെ ഈ ബാഗിൽ നിന്ന് എടുത്തു കൊടുക്കുക അവസാനം ഈ ഭക്തൻ എല്ലാം വാങ്ങിച്ചിട്ട് അങ്ങട്ട് പോയപ്പോ ഭഗവാൻ താൻ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് ചോട്ടെന്ന് എന്തോന്ന് എടുത്ത് ആ ബാഗിന്റെ ഉള്ളിൽ വെച്ചു എന്നിട്ട് അത് മാത്രം കെട്ടി തന്റെ കയ്യിൽ വെച്ചു ഇപ്പൊ ലക്ഷ്മിദേവി ചോദിച്ചു എന്താ ഭഗവാനെ ഒരു സാധനം മാത്രം ഒളിച്ചു വെച്ചാൽ അത് കൊടുക്കാതെ ഈ ബാഗിൽ വെച്ച് പൂട്ടണമല്ലോ ഭഗവാൻ പറഞ്ഞു ഇപ്പൊ കൊടുത്ത സാധനങ്ങളൊന്നും പ്രയോജനപ്പെടില്ല എന്ന് കാണുമ്പോൾ അവൻ ഇത് വേണ്ടി വരും അവൻ ഇത് പ്രയോജനപ്പെടില്ല അതുകൊണ്ട് ഞാൻ അത് മാത്രം എടുത്ത് മാറ്റിവെച്ചിരിക്കുകയാണ് എന്താ മാറ്റി വെച്ചതെന്ന് വെച്ചാൽ ശാന്തി ബാക്കിയൊക്കെ അവനുണ്ടാവും പണമുണ്ടാവും പേര് പ്രസിദ്ധിയുണ്ടാവും സുഖഭോഗങ്ങളുണ്ടാവും ആളുകളൊക്കെ പുറകെ ധാരാളം നടക്കും എല്ലാം ഉണ്ടാവും ഇതൊന്നു മാത്രം അയാൾക്ക് കിട്ടില്ല ഇത് കിട്ടണമെങ്കിൽ ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടല്ലോ കുറെ അതൊക്കെ തിരിച്ചു കൊണ്ടുവരണം അതൊന്നും പ്രയോജനപ്പെട്ടില്ല എന്ന് കാണണം പ്രയോജനപ്പെട്ടില്ല എന്ന് കാണുമ്പോൾ ചിത്തത്തിൽ ഒരു വിരക്തി ഉണ്ടാകും ആ വിരക്തി വരുമ്പോ മാത്രമേ ഭക്തിയില് രമിക്കുകയുള്ളൂ അപ്പൊ മാത്രമേ ആത്മധ്യാനത്തിൽ രമിക്കുകയുള്ളൂ അതാണ് നാസ്തി ബുദ്ധി അയുക്തസ് യുക്തനല്ലാത്തവന് എന്ന് വച്ചാലോ ഭഗവത് ഭക്തിയിൽ ആത്മവിചാരത്തിൽ ശ്രദ്ധയില്ലാത്തവനും അവന് ദാർഢ്യം ചിത്തദാർഢ്യം ഉണ്ടാവില്ല ചിത്തം സമനിലയിൽ നിൽക്കില്ല എന്നാ അയുക്ത ഭാവനച്ചാ അഭാവയത ശാന്തി അശാന്തസുഖം എന്ന് ചോദിച്ചു യുക്തം എന്നുള്ള പദത്തിന് ഇന്ദ്രിയങ്ങൾ മോഡറേഷനിൽ താളത്തിൽ നിൽക്കൽ എന്ന് നമ്മൾ അർത്ഥം പറഞ്ഞു യുക്ത ആഹാര വിഹാരസ് യുക്തചേഷ്ട കർമ്മസു യുക്തസ്വപ്നാവബോധസ് യോഗോഭവതി ദുഃഖ ആറാമത്തെ അധ്യായത്തിൽ ഇതിന്റെ ഒരു കണ്ടിന്യുവേഷൻ പോലെ ഭഗവാൻ പറയണം ആഹാരം കഴിക്കുന്നത് യുക്തം യുക്തം എന്ന് ഇല്ലാതെയാണ് നമ്മൾ ആഹാരം കഴിക്കണതെങ്കിൽ ജീവിക്കാൻ വേണ്ടിയാണ് ആഹാരം കഴിക്കണതെങ്കിൽ ആഹാരം നാച്ചുറൽ ആയിട്ട് തന്നെ യുക്തമാവും എന്നുവെച്ചാൽ കഴിക്കുകയും ചെയ്യും പക്ഷെ കഴിച്ചുകൊണ്ടേയിരിക്കില്ല ഒരു ചൊല്ലുണ്ട് ഒരു നേരം കഴിച്ചാൽ യോഗി രണ്ടു നേരം കഴിച്ചാൽ ഭോഗി മൂന്നു നേരം കഴിച്ചാൽ രോഗി നാല് നേരം കഴിച്ചാൽ ദ്രോഹിത നാലു നേരം കഴിച്ചാലും കുഴപ്പമില്ല അല്പ അല്പമായിട്ടാണ് ആഹാരമെങ്കിൽ കുഴപ്പമില്ല അല്പ അല്പമായിട്ടാണ് ആഹാരമെങ്കിൽ കുഴപ്പമില്ല നമ്മൾ പലപ്പോഴും ദ്രോഹികളാണ് ഇപ്പോ ആ കാറ്റഗറി നാലാമത്തെ കാറ്റഗറിയാണ് ം യുക്തം എന്ന് പറയുമ്പോൾ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് യുക്തം എന്നുള്ള വാക്കിന്റെ അർത്ഥം പറഞ്ഞിട്ടാണോ അത് പറയണത് അതായത് ഞാൻ കഴിക്കുന്നു ഞാൻ ഉറങ്ങുന്നു ഇതിനൊന്നും പ്രാമുഖ്യം കൊടുക്കാതെ ശരീരസന്ധാരണത്തിനായി ഈ ക്രിയകളൊക്കെ നടക്കുമ്പോഴും അഭിമാനശൂന്യനായിട്ടിരിക്കുന്നതിനാണ് യുക്തപദം പ്രയോഗിച്ചത് ആഹാരമൊക്കെ കിട്ടുന്നത് കഴിക്കണു അതിൽ ആ സംഘമില്ല വേണം എന്നുള്ള നിർബന്ധമില്ല കിട്ടിയിട്ടില്ലെങ്കിലും വിഷമില്ല എന്നുള്ളത് മറ്റില് അപ്പൊ അത് പ്രസാദമായിക്കൊള്ളും ഇപ്പോ ഏതിൽ നമ്മൾ അതുകൊണ്ടാണ് അമ്പലത്തിൽ പ്രസാദം വാങ്ങിക്കുമ്പോൾ ഒരു പ്രാവശ്യത്തിന് മേലെ വാങ്ങിക്കാൻ പാടില്ല നന്നായിട്ടുണ്ട് എന്ന് പറയാൻ പാടില്ല നന്നായിട്ടില്ല എന്ന് പറയാൻ പാടില്ല പറയാൻ കാരണം നമുക്ക് പ്രസാദം എന്താണോ എന്ന് പഠിപ്പിക്കണം അതായത് സംഘം ഉണ്ടാവുന്ന ഭക്ഷണം ഒരിക്കലും പ്രസാദമാവില്ല അത് വെറും സാദം സംഘം എടുത്തു കളഞ്ഞാലേ അത് പ്രസാദമാവുള്ളൂ അതിൽ ഒരുവിധ അഭിപ്രായവും പറയാതെ അല്പം കഴിക്കാം നമുക്ക് എങ്ങനെ ഊണ് കഴിക്കണം എന്ന് പഠിപ്പിക്കാനാണ് പ്രസാദം എന്നാണ് അപ്പോ അങ്ങനെ എന്തു കഴിച്ചാൽ വായ കൊണ്ട് മാത്രമല്ല കണ്ണുകൊണ്ടും ചെവി കൊണ്ടും മൂക്കുകൊണ്ടും ഏത് ഇന്ദ്രിയം കൊണ്ടും ഇങ്ങനെ അഭിപ്രായം പറയാതെ ഗുണം പറയാതെ കുറ്റം പറയാതെ കിട്ടുന്നത് എതിർച്ചയാ പ്രാരബ്ധവശാൽ എന്തു വരുന്നു അതിനെ കഴിക്കാൻ അഭ്യസിപ്പിച്ചാൽ സകല ഇന്ദ്രിയങ്ങളിലൂടെ അകമേക്ക് പ്രവേശിക്കുന്നതും പ്രസാദമായിട്ട് മാറും എന്നാണ് ഗീതാ തത്വം എന്തും വർത്തമാനം പറയണതും അതെ അതിലും യുക്തനാണെങ്കിൽ അത് ആ വർത്തമാനം പറയണത് പ്രസാദമായിട്ട് മാറും ചിത്രപ്രസാദത്തിന് കാരണമായിട്ട് തീരും നമ്മള് എന്തെങ്കിലുമൊക്കെ പറയുമ്പോ നമുക്ക് തന്നെ കാണാം നമ്മള് നിർഗുണമായിട്ടുള്ള സംവാദമാണെങ്കിൽ നിർഗുണം എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെക്കുറിച്ചും അല്ലാത്ത സംവാദമാണെങ്കിൽ അത് നമുക്ക് വലിയ കുഴപ്പമുണ്ടാക്കുന്നില്ല പക്ഷെ സംസാരിച്ചു വരുമ്പോ അറിയാതെ നമ്മൾ ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്തോ പോസിറ്റീവോ നെഗറ്റീവോ പറഞ്ഞു കുറച്ചു കഴിയുമ്പോൾ നമുക്ക് കാണാൻ ഉള്ളിൽ ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് ആ പ്രസാദം പോയി എന്നർത്ഥം മനഃപ്രസാദം പോയി അപ്പൊ വർത്തമാനം പറയുന്നതിലും പ്രസാദമുണ്ട് ഊണ് കഴിക്കണതിലും ഉണ്ട് തിലുമുണ്ട് ഉറങ്ങാതിരുന്നാൽ മനസ്സിന് പ്രസന്നത പോകും കൂടുതലായിട്ട് ഉറങ്ങിയാലും മനസ്സിന്റെ പ്രസന്നത പോകും അതാണ് യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ട കർമ്മസു അതുപോലെ ഒരുപാട് ജോലി പണി ചെയ്താലും പ്രസന്നത പോകും പണി ചെയ്യാതെ ഇരുന്നാലും പ്രസന്നത പോവും ഞാൻ പണി ചെയ്യണു എന്ന് വിചാരിക്കണത് കൊണ്ട് പ്രസന്നത പോകും അധികം പണി ചെയ്യുന്നത് കൊണ്ടല്ല ഞാൻ ചെയ്യണു എന്ന് അഹംകൃതിയുടെ ഭാരം കാരണം മനസ്സിന്റെ പ്രസന്നത പോകും അപ്പൊ ഈ പ്രസന്നത പ്രസാദേ സർവദുഖാനം ഹാനിരസ്യ ഉപചാര്യത്തെ യുക്തനായിട്ടിരിക്കുകയാണെങ്കിൽ ചിത്രത്തിന് പ്രസന്നതയുണ്ടാവും പ്രസന്നമായ ചിത്തം വളരെ വേഗം ആത്മസ്വരൂപത്തിൽ ലയിക്കും തന്റെ യഥാർത്ഥ സ്വരൂപം എന്താണോ അതിൽ ചിത്തം രമിച്ചു പ്രസന്നമായ ചിത്തം അതാണ് പ്രസാദേ സർവദു ഹാനിരസ്യോപചായത്തെ പ്രസന്നോഹ്യാശു ബുദ്ധിഹി പര്യവതിഷ്ഠ അയാൾക്ക് ചുറ്റും ഘനീഭവിച്ചു നിൽക്കും ബുദ്ധി പര്യവതിഷ്ഠത്തെ എന്ന് പറഞ്ഞ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയണു നമ്മൾ ധ്യാനം കൊണ്ടോ നാമസങ്കീർത്തനാദികൾ കൊണ്ടോ അഥവാ യോഗ പരിശീലനം കൊണ്ടോ മനസ്സിനെ അല്പമൊന്ന് ശാന്തമാക്കിയിട്ടുണ്ടാകും അങ്ങനെ ശാന്തമായിട്ടിരിക്കുമ്പോഴും ചിത്തം ഏതെങ്കിലും ഒരു ഇന്ദ്രിയത്തിന്റെ വഴിയിൽ ഓടാൻ തുടങ്ങിയാൽ കൊടുങ്കാറ്റില് തോണി വഴിപ്പഴച്ച് പോകുന്ന പോലെ നമ്മളുടെ പിടിവിട്ടു പോകും എന്നാണ് ഈ ശാന്തി ഒഴുകിപ്പോയി പോകും ഏതെങ്കിലും ഒരു ദ്വാരമുണ്ടെങ്കിൽ ആ ദ്വാരത്തിലൂടെ പാത്രത്തിലെ വെള്ളം പോകുന്ന പോലെ അതാണ് അടുത്ത ശ്ലോകം നൌക്ക ഇന്ദ്രി ചരതോനു വിധീയത തദസഹരംഭ്രിയാണി ചരത മനഃ അനുവിധീയത്തെ ഏതെങ്കിലും ഒരു ഇന്ദ്രിയത്തിനെ മനസ്സ് ചിന്തിക്കുമ്പോ അഥവാ അതിൽ അറ്റാച്ചഡാവുമ്പോ തദസ് ഹരതി പ്രജ്ഞയാളുടെ പ്രജ്ഞയെ ഹരിച്ചു കളയും പുനർജന്മത്തിനെ കാരണമായിട്ട് ഇതിനൊരു ഇൻസിഡന്റ് എനിക്ക് ഓർമ്മ രമണ മഹർഷിയെ കൂടെയിരുന്ന് പരിചരിച്ചിരുന്ന ഒരു ഭക്തനുണ്ടായിരുന്നു വളരെ പക്വമായൊരു സേവകൻ പാലക്കാട് കേരളത്തുകാരനാണ് അദ്ദേഹം പഴനിസ്വാമി എന്ന് പേര് മഹർഷി വിരൂപാക്ഷ ഗു തമിഴ്നാട്ടിൽ നിന്ന് തിരുവണ്ണാമലയിൽ നിന്ന് കുറച്ച് തള്ളി ഗുരുമൂർത്തം എന്ന് പറയുന്ന സ്ഥലത്ത് തപസ്സലിരിക്കുന്ന സമയം തപസ്സലെന്ന് വെച്ചാൽ അദ്ദേഹം പരിശ്രമത്തിലൊരു തപസ്സൊന്നുമല്ല ബാഹ്യപ്രജ്ഞയെ ഇല്ലാതെ ഒരു ഇരിക്കുന്ന സമയം ആ സമയത്ത് അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് ഉറുമ്പിരിക്കും ശരീരം മുഴുവൻ എന്താന്ന് വെച്ചാൽ കുളിയുമില്ല യാതൊന്നുമില്ല തലയൊക്കെ ജട പിടിച്ച് മേലെയൊക്കെ ചടി പൊരണ്ട് ഒട്ടിപ്പിടിച്ച് ഇരിക്കുന്ന ആ ഒരു ഘട്ടം ആഹാരവുമില്ല ഒന്നുമില്ല ഉറക്കമില്ല ആഹാരമില്ല ബാഹ്യ വ്യവഹാരമില്ല അപ്പൊ ഒരു ശൈവ ആധീനമഠത്തിലെ ഒരു സ്വാമിയാണ് അദ്ദേഹത്തിനെ ഗുരുമൂർത്തത്തിൽ കൊണ്ടുപോയി അവിടെ അവരുടെ സമാധിയുണ്ട് ആ സമാധി മണ്ഡപത്തിന്റെ അടുത്തായിട്ട് ഒരു വലിയ പാത്രത്തിൽ വെള്ളം വെച്ച് ആ വെള്ളത്തിൽ സ്റ്റൂൾ ഇറക്കി വെച്ച് ആ സ്റ്റൂളിൽ പിടിച്ചിരുത്തി ഉറുമ്പ് വരാതിരിക്കാനായിട്ട് അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സന്ദർഭം അപ്പോ അറിയാതെ ഇങ്ങനെ ചുമരിൽ ചാരിഞ്ഞു പോയാൽ അപ്പോ ഉറുമ്പ് വരിക്കും പലപ്പോഴും അടുത്ത ആളൊന്നുമില്ല അദ്ദേഹത്തിന് ഭക്ഷണം ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോ കഞ്ഞിയോ വല്ലതും വായിൽ ഒഴിച്ചു കൊടുക്കും വായിൽ ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോ അതിന്റെ വറ്റോ കഷ്ണമോ അടുത്ത ദിവസം വായിലുണ്ടാവും എന്നാണ് ഒഴിച്ചു കൊടുക്കുമ്പോ അങ്ങനെ ഒരു സ്ഥിതി ആ സമയത്താണ് ഈ പഴനിസ്വാമി എവിടെയോരിടത്തും ഒരു ഗണപതിയുടെ അമ്പലത്തിൽ ഗണപതിയെ ഉപാസിച്ചുകൊണ്ട് ഉപ്പില്ലാത്ത ചോറും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്വാമി പറഞ്ഞു നീ ഇവിടെ ഈ ഗണപതിയെ ഉപാസിക്കുന്നു കാര്യമൊക്കെ ശരി ഒരു സദ്ഗുരു ഇല്ലാതെ നിനക്ക് സാഫല്യം ഉണ്ടാവില്ല അവിടെ സാക്ഷാത് ഈശ്വരൻ ദക്ഷിണാമൂർത്തിയെ ഇരിക്കുന്ന പോലെ ഒരു സ്വാമികൾ ഇരിക്കുന്നു അന്ന് മഹർഷി രമണ മഹർഷി എന്നൊന്നും പേരില്ല ചിലർ ബ്രാഹ്മണസ്വാമികൾ എന്ന് പറയും മൗനിസ്വാമികൾ എന്ന് പറയും എന്തെങ്കിലുമൊക്കെ പേര് പറയും അവിടെ ഒരു സ്വാമികൾ ഇരിക്കണോ പോയി കാണൂ അവിടെ പോയി സേവ ചെയ്യൂ എന്ന് ആരോ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പഴനിസ്വാമി മഹർഷിയുടെ കൂടെ കൂടിയത് അങ്ങനെ ഒരു ഭക്തിയോടുകൂടെ ഗുരുവിനെ പരിചരിച്ചിരുന്ന ആളാണ് പിന്നീട് മഹർഷി തിരുവണ്ണാമലെ വന്നിട്ട് വിരൂപാക്ഷ ഗുഹയിൽ താമസിക്കുമ്പോ പഴനിസ്വാമി അനേക വർഷങ്ങൾ കൂടെ കഴിഞ്ഞിട്ട് വയ്യാതായി വാർദ്ധക്യം കാരണം വയ്യാതായി അപ്പോ സ്കന്ധാശ്രമം എന്ന് പറയണ മലയ്ക്ക് കുറച്ച് മുകളിലായിട്ടുള്ള സ്ഥലം അവിടെ ഇദ്ദേഹം സുഖമില്ലാതെ കിടക്കുക ദിവസം മഹർഷി അപ്പോഴൊക്കെ മഹർഷി വർത്തമാനം പറയാനൊക്കെ തുടങ്ങി ദിവസം വന്ന് നോക്കി എന്തെങ്കിലും വേണ്ടതൊക്കെ ചെയ്ത് കൊടുത്തിട്ട് പോകും അപ്പൊ ഈ പഴനിസ്വാമി മരിക്കാനുള്ള ഒരു ഘട്ടമാണ് ആ സന്ദർഭത്തിൽ ഒരു ദിവസം ഇദ്ദേഹത്തിന് ഗ്രഹണിയാണ് കഴിക്കുന്നതൊക്കെ പുറത്ത് വിസർജനം ചെയ്തുകൊണ്ടിരിക്കും ഡൈജഷൻ ഇല്ല അപ്പൊ കഴിക്കുന്നത് വളരെ ജാഗ്രതയോടെ ആഹാരം കഴിക്കണം അപ്പൊ ഈ മഹർഷി കാണാൻ വന്നപ്പോ ഇയാളുടെ തലയ്ക്ക് ചുവട്ടിൽ നല്ല മാമ്പഴം രണ്ടു മൂന്ന് മാമ്പഴം അവിടെ വെച്ചിരിക്കണം ഇയാൾക്ക് മാമ്പഴം വലിയ അറ്റാച്ച്മെന്റ് ആണ് ആസക്തിയാണ് അതിനോട് ഇയാൾ കഴിക്കാൻ പാടില്ല അതാണ് അപ്പോ മഹർഷി പറഞ്ഞു ഞാന് ഇതെടുത്തുകൊണ്ടുപോവാം ഇതിവിടെ വെച്ചാൽ നിനക്ക് ഇത് കഴിക്കണം എന്ന് തോന്നും അതുകൊണ്ട് ഇത് അടുത്ത് വയ്ക്കണില്ല ഞാൻ കൊണ്ടുപോവാമെന്ന് പറഞ്ഞു അപ്പൊ പഴനിസ്വാമി പറഞ്ഞു ഭഗവാനേ അത് ചാപ്പിട മുടിയാട്ടാലോ അതുകൊണ്ട് മണം രൊമ്പ സുഖമാണ് അത് ഊ കഴുത്തിനാൻ വയ്യെങ്കിലും അതിന്റെ മണം കിട്ടുന്നുണ്ടല്ലോ അതിലൊരു സുഖമുണ്ട് അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു പുനർജന്മത്തിന് വിത്തുഭാഗി എന്നർത്ഥം അദ്ദേഹം മരിക്കാനായപ്പോ തലയിലൊരു കൈ നെഞ്ചിലൊരു കൈ വെച്ചുകൊണ്ട് ഏകദേശം നാലു മണിക്കൂറോളം രമണഭഗവാൻ ഇരുന്നു അത് അദ്ദേഹം അമ്മയുടെ അടുത്ത് ചെയ്തു പഴനിസ്വാമിയുടെ അടുത്ത് ചെയ്തു ലക്ഷ്മി എന്ന് പറയണോ ഒരു പശുവിനും ചെയ്തു ബാക്കി രണ്ട് കേസിലും ഫലിച്ചു പക്ഷെ പഴനിസ്വാമിക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ആറു മണിക്കൂർ ഇരുന്നു അതായത് പൂർണ്ണമായും ഈ ജീവൻ ഹൃദയത്തിൽ അടങ്ങാനുള്ള ഒരു സഹായം ചെയ്യായിരുന്നു അത്രയുള്ളൂ പക്ഷെ എന്തായിരുന്നു വെച്ചാൽ പഴനിസ്വാമി കംപ്ലീറ്റ് ആയിട്ട് അടങ്ങി എന്ന് വിചാരിച്ച് കൈയെടുത്തതും കണ്ണു തുറന്നു അപ്പോ ഭഗവാൻ പറഞ്ഞു അവന്റെ പ്രാണൻ ഹൃദയത്തിൽ അടങ്ങുന്നതിനു പകരം കണ്ണു വഴി വേറെ എവിടെയോ പോയി ജനിച്ചു എന്നാണ് എന്നുവെച്ചാൽ വാസന ഇന്തിലോ എവിടെയോ ഇത്രയധികം താപസനായിട്ടിരിക്കുന്ന ഒരാൾക്ക് ജടഭരത്തിന് മാനിന്റെ മേലെ ആസക്തി വന്ന പോലെ ഇദ്ദേഹത്തിന് മാമ്പഴത്തിന്റെ മേലെ ആസക്തി എവിടെയോ ഒരു ചെറിയ വസ്തുവിൽ പോയി മനസ്സ് ഒട്ടി നിൽക്കുമ്പോ ഇവിടെ ഭഗവാൻ പറയണു എന്തെങ്കിലും ഒന്നില് പ്രത്യേകത കാണിച്ച് നിന്നാ മതി വായുർ നാവം ഇവ അംഭസി എന്നാണ് നാരദൻ വ്യാസരോട് പറയുന്നു വ്യാസരെ ഭാഗവതത്തില് അങ്ങ് എഴുതുമ്പോ കാണുന്നതൊക്കെ ഭഗവാനാണ് എന്ന് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം ഇതാണ് ഒരു ദീക്ഷ ഇൻസ്ട്രക്ഷൻ വ്യാസൻ വ്യാസന് നാരദർ കൊടുക്കുന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് എന്തൊക്കെ കാണപ്പെടുന്നുവോ അതൊക്കെ ഭഗവത് സ്വരൂപമാണെന്നൊരു ജീവന ഉറയ്ക്കുന്നവരെ ഈ ജീവനെ കൊണ്ട് അറ്റാച്ച്മെന്റ് എടുത്തു കളയാൻ പറ്റില്ല എന്താന്ന് വെച്ചാൽ ഭേദം കാണും തോറും എന്തിനെങ്കിലും ഒന്നിൽ മനസ്സുകൾ നിൽക്കും തതോ അന്യതാ കിഞ്ചന യവക്ഷത പൃഥക്ൃശ്തത്കൃതരൂപനാമഭീന കുത്രചിത്വാപിച്ച് ദുഃസ്ഥിതാമതി ലഭേതവാതാഹതനൗ ഇവ ആസ്പദം ഇതേ ശ്ലോകത്തിന് അതേ വാക്ക് വാതാഹതൗഹു ഇവ ആസ്പദം ലന്ന് ഇവിടെ ഭഗവാൻ എന്തു പറഞ്ഞു തദസ്യ ഹരതിപ്രജ്ഞാം വായുർ നാവം ഇവ അംഭസി അതേപോലെ വാതാഹത നൌഹു ഇവ ആസ്പദം ലഭയത കൊടുങ്കാറ്റിൽ കുടുങ്ങിയ തോണി പോലെ മനസ്സലയും എന്താണ് ബ്രഹ്മത്തിൽ നിന്നും ഭഗവാനിൽ നിന്നും അന്യമായ വസ്തുക്കൾ ഉണ്മയാണെന്നൊരു തെറ്റുധാരണയുണ്ടെങ്കിൽ അതിലേതിലെങ്കിലും ഒക്കെ ചെന്ന് പറ്റി അങ്ങനെ പറ്റിക്കൂടാതിരിക്കണമെങ്കിൽ കാണുന്നതൊക്കെ ഭഗവത് സ്വരൂപമാണെന്ന് ഈ ചിത്രത്തിന് ഉറപ്പുവരണം അതിനാണ് ബ്രാഹ്മീ സ്ഥിതി എന്ന് ഭഗവാൻ അപ്പൊ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ എന്തിനെ കണ്ടാലും പേരെക്കുട്ടിയെ കണ്ടാലും ശരി ആരെ കണ്ടാലും ശരി ഇവിടെ അത് ഭഗവത് സ്വരൂപമാണെന്ന് അറിയാമെങ്കിൽ ഭഗവാനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനെ കണ്ടാൽ എന്താ അപ്പൊ ഒന്നിനോടും പ്രത്യേകിച്ച് ആസക്തിയില്ല അങ്ങനെ കണ്ടാ മാത്രമേ ഈ ജീവന് ഈ പ്രത്യേകത അകമേ നിന്ന് വിട്ടുപോകുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ലോകത്തിൽ ഒന്നിനോട് പ്രത്യേകത ഒന്നിനോട് പ്രത്യേകത ഇല്ലായ്മ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഏകനാഥ് സ്വാമികൾ ഏകനാഥി ഭാഗവതത്തില് ഒരിടത്ത് പറയുന്നു അത്രയും അദ്ദേഹത്തിന്റെ ഗുരു ജനാർദ്ദന സ്വാമി കൊടുത്ത ഉപദേശം നീ സമാധി ഒന്നും അഭ്യസിക്കേണ്ട വ്യവഹാരത്തിൽ വ്യവഹരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ കാണുന്നതൊക്കെ ഭഗവത് സ്വരൂപമാണെന്ന് ഉറപ്പിച്ച് സമത്വം കൊണ്ടുവരിക സമത്വം യോഗ ഉച്ച ഇഹൈവതൈർജിതസർഗാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണിത്തെ സ്ഥിത ഇവിടെ തന്നെ ശരീരത്തിലിരിക്കുമ്പോ തന്നെ ആരുടെ ചിത്തം സമത്തിൽ വന്നു നിൽക്കണോ സമം എന്നുള്ളത് ബ്രഹ്മത്തിന്റെ പര്യായപദമാണ് ഭഗവത് സ്വരൂപമാണ് സാമ്യത്തിൽ എങ്ങനെ വന്നു നിൽക്കും മനസ്സ് എവിടെ പോയി എന്തിനെ കണ്ടാലും അത് ഭഗവാനാണ് എന്ന് ചിത്രത്തിന് തോന്നിയാൽ അവിടെ രാഗമോ ദ്വേഷമോ ഉണ്ടാവില്ല എത്ര എത്ര മനോയാതി ബ്രഹ്മണ തത്ര ദർശനം മനസ്സ് ഏതിലേതിലൊക്കെ പോയി നിൽക്കണം ഇത് പഠിപ്പിച്ചാൽ മതി എന്നാണ് നമ്മള് നാമം ജപിച്ചുകൊണ്ടേ ഇരിക്കുമ്പോ ഹരിനാമകീർത്തനത്തിലെ ഒരേ ഒരു ശ്ലോക ഓർമ്മ വെച്ചാൽ മതി നാരായണ നാരായണ എന്ന് പറയുമ്പോ യാതൊന്നു കാണു നാരായണ പ്രതിമ ഈ ഒരേ ഒരു വാക്കുമതി ബാക്കിയൊക്കെ വിട്ടുകൊള്ളുന്നു ആരെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നവരെ കാണുന്നുണ്ടോ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ എന്ത് രൂപം കൊടുക്കും ഒന്നിൽ എന്റെ വേണ്ടപ്പെട്ടവർ എനിക്ക് ഉപകാരം ചെയ്തവർ അതുകൊണ്ട് ഇഷ്ടം അല്ലെങ്കിലോ അവര് അവര് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അതുകൊണ്ടും ഇഷ്ടം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകത കാരണം ഇഷ്ടം എന്ന് പറയും അല്ലെങ്കിലോ എന്തെങ്കിലും അവർക്ക് ധന പണമുണ്ട് അതുകൊണ്ടും ഇഷ്ടം ഇഷ്ടം എന്നുള്ളത് ഭഗവാനിൽ നിന്നും വരുന്നതാണ് ഒരിക്കലും ഇഷ്ടം ജടപദാർത്ഥത്തിൽ നിൽക്കില്ല എന്നല്ലവണ്ണം ഈ ഒരു തത്വം മനസ്സിലായാൽ നമുക്ക് ഭക്തി സഹജമാണ് എന്നറിയാം ഇഷ്ടം എന്നുള്ളത് ഭഗവാനിലേ നിൽക്കുള്ളൂ ഇഷ്ടം ഒരിക്കലും ജഡപദാർത്ഥത്തിനോട് ഇഷ്ടം നിൽക്കുകയേയില്ല ഭക്തി എല്ലാവരുടെ ഹൃദയത്തിലും ഭക്തി ഉണ്ട് പ്രിയം എന്നുള്ളത് ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് പ്രിയം ഒരിക്കലും ജഡത്തിൽ എന്ന പോലെ തോന്നുമെന്നല്ലാതെ ജഡത്തിൽ പ്രിയം നിൽക്കില്ല പക്ഷെ നമ്മൾക്ക് പ്രിയത്തിന് എന്ത് ചെയ്യുന്നു നമ്മൾ സ്പെഷ്യാലിറ്റി കൊടുക്കണം ഇത് പണം കുറണം സൗന്ദര്യം കാരണം അവർ നല്ലവരായത് കാരണം ഇങ്ങനെയൊക്കെ ഇപ്പോ എന്തു പറയുന്നു ഈ സ്പെഷ്യാലിറ്റിയൊക്കെ എടുത്തു കളഞ്ഞിട്ട് എന്തിനെ കാണുമ്പോഴും അത് ഭഗവത് സ്വരൂപമാണ് എന്ന് ഓർത്തുകൊള്ളുക പ്രിയം തോന്നുന്നു ആ പ്രിയത്തിനെ എടുക്കുമെന്ന് വേണ്ട ആ പ്രിയത്തിനെ ഭക്തിയാണ് എന്ന് ഓർത്തുകൊള്ളണം എന്നാണ് എന്ന് ഓർത്തുകൊള്ളണം വേറെക്കുട്ടി വരുന്നു മടിയിൽ വന്നു ഏ വേദാന്തം പറഞ്ഞിട്ട് ഇനി കുട്ടിയോട് ഒട്ടാൻ പാടില്ല എന്ന് മാറ്റമൊന്നും വേണ്ട പ്രിയത്തോട് ആലിംഗനം ചെയ്തോളാം പക്ഷെ എന്റെ പേരക്കുട്ടിയായതുകൊണ്ട് പ്രിയം അടുത്ത വീട്ടിൽ പേരക്കുട്ടിയോട് പ്രിയമില്ല എന്ന് തോന്നാതെ ആ പ്രിയം ഭഗവത് സ്വരൂപമായതുകൊണ്ട് ഈ കുട്ടി കൃഷ്ണനാണ് അത് കണ്ണൻ മടിയിൽ വന്നിരിക്കണം എന്ന് വിചാരിച്ചാൽ ആ ഒരു ഭാവം തന്നെ ഭക്തിയായിട്ട് പ്രിയമായിട്ട് പ്രേമമായിട്ട് മാറും ഇങ്ങനെ സകല പദാർത്ഥങ്ങളിലും ഇതൊരു യോഗസാധന അഭ്യസിക്കണം എന്നാണ് നമ്മള് ജപം ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ഉള്ളിലൊരു തമോ ഗുണമുണ്ട് തമസിന്റെ ഒരു മണ്ഡലമുണ്ട് അതൊരു തെര പോലെ ഒരു സ്ക്രീൻ പോലെ കിടക്കണം ത്യാഗരാജസ്വാമികൾ ഒരു കീർത്തനത്തിൽ പാടുന്നു തിരുപ്പതിയിൽ പോയപ്പോ വെങ്കടാചലപതിയുടെ മുമ്പിൽ വെച്ച് പാടിയതാത്രേ തെര തീയകരാധ ഹേ വെങ്കട്ടരമണ എന്റെ ഉള്ളിലും എവിടെയോ ഒരു തെരയുണ്ട് ഒരു തിരശ്ശീലമുണ്ട് ആ തിരശ്ശീലം മാറി തരില്ലേതാണ് സാധാരണ കഥ പറയുമ്പോ അവിടെ തിരശ്ശീല ഇട്ടിണ്ടായിരുന്നു ആ തിരശീല അദ്ദേഹം പാടിയപ്പോ മാറി എന്ന് കഥ പറയും പക്ഷെ ആ കീർത്തനം നോക്കുമ്പോ പാടുന്നു മതം മാത്സര്യം മുതലായിട്ടുള്ളതൊക്കെ ഭഗവാനെ മറച്ചുകൊണ്ടിരിക്കണം ഉള്ളില ആത്മാവിനെ മറച്ചുകൊണ്ടിരിക്കണം ആ തിരശീല മാറിക്കിട്ടില്ലേന്ന് ആ തിരശീല മാറണമെങ്കിൽ എന്ത് വേണം ശിവാനന്ദലഹരിയിൽ ആചാര്യസ്വാമി പറയുന്നു ധ്യാനാഞ്ജനേന സമവീക്ഷ്യ തമപ്രദേശം വി മഹാബലിബിരീശ്വര നാമമന്ത്രേഹി ാനം എന്നുള്ള കണ്ണുകൊണ്ട് അകമയ്ക്ക് സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ ആത്മാവിനെ മറച്ചിരിക്കുന്ന ഈ ആവരണം കാണാം മഹാബലിഭിഹി ഈശ്വരനാമമന്ത്രി ഭഗവാന്റെ നാമമാകുന്ന മഹാബലമായിട്ടുള്ള അസ്ത്രം കൊണ്ട് ആ തിരശീലെ നീക്കണം എന്നാണ് ആ ആവരണത്തിനെ നീക്കണം ആ ആവരണം അകമേ നിന്നും നീങ്ങിക്കിട്ടിയാൽ അകമേ അനേക സഹസ്രം ആദിത്യനോ ഒന്നിച്ചോ ഉദിച്ച പോലെ ആത്മാനുഭവം അകുമുണ്ടാകുന്നു ആ ആത്മാനുഭവ സ്ഥിതിയെ ഭഗവത് സാക്ഷാത്കാരം എന്ന് പറയുന്നു ഈശ്വരാനുഭൂതി എന്ന് പറയുന്നു ആ ഈശ്വരാനുഭൂതിക്ക് തടസ്സം തന്നെ ദ്വൈതാനുഭവം കൊണ്ടാണ് ഇവിടെ ഒന്നായ നിന്നയിഹ രണ്ടെന്നുകണ്ടളവിലുണ്ടായൊരു ഇണ്ടൽ കാണുന്നത് പലതുണ്ട് എന്നുള്ള ഭ്രമം കൊണ്ടാണ് ചിത്തം വ്യവഹാരത്തിൽ പലതിലും പോയി പറ്റിക്കൂടുന്നത് അതെടുത്തു മാറ്റാൻ ഒരു സാധനയായിട്ടാണ് ഭഗവാൻ ഇവിടെ സർവാത്മഭാവത്തിനെ എടുത്തു പറഞ്ഞത് അപ്പൊ ഇന്ദ്രിയങ്ങൾ ലോകത്തിൽ വ്യവഹരിക്കുമ്പോ ഒന്നും സ്പെഷ്യാലിറ്റി ഇല്ലാതെ കണ്ണുകൊണ്ട് പലതും കാണുന്നു കാണുന്നതൊക്കെ ഭഗവാൻ തന്നെ എന്തൊക്കെ ശബ്ദം കേട്ടാലും ആ ശബ്ദത്തിൽ ഒന്നിലും പോയി പറ്റിക്കൂടാതെ സകലതും ഭഗവത് പ്രസാദമാക്കി രാഗദ്വേഷമില്ലാതെ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ അനുഭവിക്കുകയാണെങ്കിൽ ചിത്രം പ്രസന്നമായിക്കൊണ്ടേയിരിക്കും ഒരു ഇന്ദ്രിയത്തിലും മനസ്സ് ചെന്ന് പറ്റിക്കൂടില്ല യാതൊന്നിലും പറ്റിക്കൂടില്ല അങ്ങനെ ഒരു വഴി ഭഗവാൻ ഇവിടെ എടുത്തു പറഞ്ഞു അതുകൊണ്ട് അർജുന അടുത്ത ശ്ലോകം കൃഷ്ണന് ചിലർക്കൊക്കെ സ്വഭാവമുണ്ട് ചില വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് പറയും അതുകൊണ്ട് എന്ന് ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് ഗീതയിൽ ഒരുപാട് സ്ഥലത്ത് ഭഗവാൻ തസ്മാ തസ്മാത് പറഞ്ഞിട്ടുണ്ട് ചിലര് ചില വാക്കുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും ഒരാള് ഇടയ്ക്കിടയ്ക്ക് നീ പറഞ്ഞ പോലെ നീ പറഞ്ഞ പോലെ എന്ന് പറയും ചില ആളുകൾക്കൊക്കെ സ്വഭാവമുണ്ട് നീ പറഞ്ഞ പോലെ എന്ന് പറയും നമ്മളൊന്നും പറഞ്ഞിട്ടേ ഉണ്ടാവില്ല നീ പറഞ്ഞ പോലെ എന്ന് പറയും മഹാ അപകടമായി ഒരു നാലഞ്ചു പേരെ കൂട്ടിക്കൊണ്ട് ഒരാളുടെ വീട്ടിലേക്ക് പോയപ്പോ മഹാ അപകടമായ ഒരു കാര്യം അദ്ദേഹം ചെയ്തു പക്ഷെ അദ്ദേഹം പറഞ്ഞെന്താന്ന് വെച്ചാൽ നീ ഇങ്ങന്ന പോലെ ആ പണ്ണിനെ ഇവരൊക്കെ എന്നെ നോക്കണം ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു ഒരു പത്ത് മിനിറ്റ് അയാളുടെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് അഞ്ചഞ്ചു മിനിറ്റിന് മുമൂന്ന് പ്രാവശ്യം നീ പറഞ്ഞ പോലെ ചിലരുടെ ഇഡിയോസിൻക്രസിയാണോ അത് എന്തെങ്കിലും ഒരു കാര്യം അവര് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ അല്ലേ പക്ഷെ ഭഗവാൻ ഇവിടെ തസ്മാന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇഡിയോസിൻക്രസി അല്ല ഭഗവാൻ പറയണത് അതുകൊണ്ട് എന്ന് പറയുമ്പോ എന്തോ ഒരു കാരണമുണ്ട് ഇത്രയൊക്കെ അതായത് ചിത്രം സ്ഥിരമാകണം എന്നുള്ളതുകൊണ്ട് യോഗം നമുക്ക് സാധിക്കണം എന്നുള്ളതുകൊണ്ട് ഭഗവത് പ്രാപ്തി നേടണം എന്നുള്ളതുകൊണ്ട് അതിനെ ഈ ഇന്ദ്രിയങ്ങൾ ചപലമായിരിക്കണം ഇന്ദ്രിയങ്ങൾ പതുക്കെ പതുക്കെ പതുക്കെ അടങ്ങിത്തരണം എന്നുള്ളതുകൊണ്ട് തസ്മാ സാധനയിൽ പ്രവേശിക്കണം എന്നുള്ളതിനാണ് ഈ തസ്മാദ് ഭഗവത് ഭക്തിയിൽ പ്രവേശിക്കണം യോഗത്തിൽ പ്രവേശിക്കണം എന്നുള്ളതിനാണ് ഈ തസ്മാദ് അടുത്ത ശ്ലോകം നോക്കാം തസ് മഹാബാഹോ നിഗൃഹീതീന്ദ്രിഭ്യജ്ഞാതിഷിത തസ് അതുകൊണ്ട് ഹേ അർജുന അതായത് ഇന്ദ്രിയങ്ങൾ ഏതെങ്കിലും ഒന്ന് അൺകൺട്രോളബിൾ ആയിട്ട് ഓടി നടക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് നമ്മളുടെ അറ്റൻഷനെ കൂടുതൽ ആകർഷിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിന്റെ സമാധാനത്തിനെ കേടുവരുത്തും എന്ന് ഭഗവാൻ മുമ്പ് പറഞ്ഞു ശാന്തിയെ കേടുവരുത്തും നമ്മളുടെ യോഗസാധനയെ സാധനയെ ചലിപ്പിക്കും അതുകൊണ്ട് തസ്മാത് യ മഹാബാഹോ നിഗ്രഹീതാനി സർവശ എല്ലാ ഇന്ദ്രിയങ്ങളും യാതൊരു തൻ നിഗ്രഹം ചെയ്തിരിക്കുന്നുവോ എല്ലാ നിഗ്രഹം ചെയ്തിരിക്കുന്നുവോ നിഗ്രഹം ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ മോഡറേഷനിൽ ഇവിടെ ഭഗവാന്റെ നിഗ്രഹം എല്ലാത്തിനെയും ഒരു താളത്തിൽ നിർത്തിയിരിക്കുന്നുവോ ഇന്ദ്രിയണി ഇന്ദ്രിയാർത്ഥേവ്യ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് അതിനെ പറഞ്ഞയക്കാതെ തൻവശത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നുവോ ജ്ഞാപ്രതിഷ്ഠിത അവന്റെ പ്രജ്ഞ അവന്റെ യോഗം അവന്റെ ശാന്തി ചലിക്കാതെ നിൽക്കും അവന് മാത്രം ഭഗവത്പ്രാപ്തി ലളിതം അവന് ഭഗവാൻ കൈവശപ്പെട്ടിരിക്കും അങ്ങനെയുള്ളവൻ ഏതവസ്ഥയിലുള്ളവനാണെങ്കിലും ശരി അവൻ ശ്രേഷ്ഠനാണ് അവന് നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശിനം അണുവ്രജാമ്യഹം നിത്യം അങ്ക്രിരേണുഭീ എന്ന് ഭാഗവതത്തിൽ ഭഗവാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ആളെക്കുറിച്ചാണ് അയാളുടെ പുറകെ ഞാൻ നടക്കും എന്ന് ഭഗവാൻ പറയണം അവനെ എന്നെ അന്വേഷിച്ച് വരണമെന്നില്ല അങ്ങനെ ഒരു ഭക്തനുണ്ടെങ്കിൽ ഒന്നും ആഗ്രഹിക്കാതെ യാതൊരു ആഗ്രഹവും അയാൾക്ക് സ്പർശിക്കുന്നേയില്ല അയാളെ സ്പർശിക്കുന്നേയില്ല നിരപേക്ഷം മുനിം അയാൾ സദാ ഭഗവത് ധ്യാനം ചെയ്യുന്നവനാണ് മുനിം ശാന്തം നിർവൈരം ഒരാളോടും അയാൾക്ക് വെറുപ്പില്ല സമദർശിനം സർവത്ര എല്ലാത്തിലും ഭഗവാനെ കാണുന്നവനാണ് സർവഭൂതേഷു യശ്യേത് ഭഗവത്ഭാവം ആത്മനഹ ഭൂതാനി ഭഗവതി ആത്മനി ഏഷ ഭാഗവതോത്തമ അങ്ങനെ സർവഭൂതങ്ങളിലും ഭഗവാനെ കാണുന്നവനാണ് അങ്ങനെയുള്ളവനെ അവൻ അങ്ങനെയുള്ള ആളുടെ പുറകെ ഞാൻ നടക്കുന്നതാണ് അനുവ്രജാമി അഹം നിത്യം അയാളെ അനുവ്രചനം ഞാൻ ചെയ്യും എന്ന് വെച്ചാൽ അയാൾ പോകുന്ന ഇടത്തൊക്കെ ഞാൻ പുറകെ പോയിക്കൊണ്ടേയിരിക്കും അനുവ്രചാമി അഹം നിത്യം അങ്ക്രിരേണു ബിഹി എന്തിനാന്ന് വെച്ചാൽ അയാളുടെ പാദസ്പർശമേറ്റ പൊടി എന്റെ മേലെ ഏറ്റിട്ട് ഞാൻ ശുദ്ധമാവട്ടെ ഭഗവാൻ അങ്ങനെ ഒരു ആഗ്രഹം എന്നാണ് ഈ ഭക്തന്റെ പാദതൂളി ഏറ്റിട്ട് ഞാൻ ശുദ്ധമാവട്ടെ ഈ ഭക്തന്റെ ലക്ഷണം എന്താ അതാണ് ഇന്ദ്രിയ നിഗ്രഹം പ്രജഹാതി യഥാ കാമാൻ കാമനകളൊക്കെ അവൻ ഉള്ളു വിട്ടിരിക്കുന്നു യാതൊന്നിലും അവൻ ആഗ്രഹമില്ല മനസ്സ് ഒന്നിലും പറ്റിക്കൂടും എന്തെങ്കിലും ആഗ്രഹം വെച്ചാൽ ആദ്യമൊക്കെ നമ്മൾ യോഗസാധന ചെയ്യണം ധ്യാനിക്കണം ജപം ചെയ്യണം പൂജ ചെയ്യണം അല്ലെങ്കിൽ ഭക്തി ചെയ്യണം അല്ലെങ്കിൽ ഭഗവാനെ പ്രാപിക്കണം ഇങ്ങനെയൊക്കെ ആഗ്രഹം വെച്ചുകൊണ്ടിരിക്കും ആ ആഗ്രഹം കൊണ്ട് ബാക്കിയുള്ളതിനൊക്കെ നീക്കും പക്ഷേ ആ ആഗ്രഹം പോലും അഹങ്കാരം പോവില്ല ആ ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിലും അഹങ്കാരം പോവില്ല എന്ത് ആഗ്രഹമാണെങ്കിലും ഈ അഹങ്കാരത്തിന് അത് ഫുഡാണ് ആഹാരമാണ് അഹങ്കാരത്തിന് അഹങ്കാരം നിന്നുകൊണ്ടേ വ്യക്തിബോധം നിശേഷം വിട്ടുപോവില്ല ഈ ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ പോയ്സൺ ആണ് ആഗ്രഹം എവിടെ ഉണ്ടോ അവിടെ ഭഗവാൻ നിൽക്കില്ല അപ്പോ അതാണ് പ്രജഹാദി യഥാ കാമാൻ സർവാൻപാർത്ഥ മനോഗതാൻ എന്ന് പ്രത്യേകിച്ചെടുത്ത് ഭഗവാൻ ആദ്യമേ ലക്ഷണം പറയുമ്പോൾ പറഞ്ഞത് അപ്പൊ അങ്ങനെ സകല കാമനകളും അകമേ നിന്ന് വിട്ടുപോയാൽ മനസ്സ് ശാന്തമാകും മനസ്സ് ശാന്തമായാൽ പിന്നെ ആത്മാനുഭവത്തിന് ഇനി വേണം ആരുടെ ചിത്തം ശാന്തമോ അവന് സദാ ആത്മവസ്തു അകമേക്ക് പ്രകാശിക്കും അവൻ വായുകൊണ്ട് ഞാൻ ആത്മാവാണ് ബ്രഹ്മമാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല വായുകൊണ്ട് അങ്ങനെ പറഞ്ഞാലും അഹങ്കാരം വരും എന്താന്ന് വെച്ചാൽ അവിടെ പറയുമ്പോഴും ആ വ്യക്തിബോധം നിന്നുകൊണ്ടിരിക്കും ആരുടെ ചിത്തം അടങ്ങിയിരിക്കുന്നു ആരുടെ വ്യക്തിത്വം അടങ്ങിയിരിക്കുന്നു അവിടെ ബ്രഹ്മാനുഭവം സ്വയം പ്രകാശിക്കും അയാൾക്കത് ഒരു കാരണവശാലും നഷ്ടമാവില്ല പര്യവതിഷ്ഠതയെന്ന് പറഞ്ഞുവല്ലോ ഒരു കഥ പറയാം ഒരു മുസ്ലിം ഫക്കീർ മുസ്ലിം സാധുവും ഒരു നവാബിന്റെ ഒരു മുസ്ലിം രാജാവിന്റെ കാലത്ത് വളരെ ഭക്തി ചെയ്ത് ആ ഭക്തന് വളരെ ഉയർന്ന ഒരു അനുഭവം ഉണ്ടായി ആ അനുഭവത്തിൽ താൻ വേറെയല്ല അള്ളാ എന്നുള്ള ഭാവം അള്ളാവും താനും ഒന്നാണ് അതിന് ഖുറാനിൽ തന്നെ ഒരു വചനം ഉണ്ടായതാണ് അനാൽ ഹക് ഞാൻ അള്ളാവാണ് അള്ളാ ഞാനാണ് ആ അങ്ങനെ ഒരു അനുഭവം ഇയാളുടെ ഉള്ളിൽ വന്നു പക്ഷേ അവരെയൊക്കെ അവര് കുന്നുകളെയും പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിഡൽസാണ് ഇദ്ദേഹം ആനന്ദം കൊണ്ട് ഇയാൾ പാടും സങ്കീർത്തനം ചെയ്യും പാടും കയ്യിൽ ഒരു ഒറ്റക്കമ്പി ഏകത്താർ എന്ന് പറയും ഏകത്താർ വെച്ചുകൊണ്ട് ദിവസം അദ്ദേഹം ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരു ആലുമരത്തിന്റെ ചുവട്ടിൽ ഇരുന്നുകൊണ്ട് ഈ ഏകത്താർ മീട്ടിക്കൊണ്ട് പാടും പാടുക മാത്രമല്ല ഡാൻസുകയും ചെയ്യും ആനന്ദത്തിൽ അദ്ദേഹം പാടുന്ന കീർത്തനത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ അനാൽ ഹക് വരും ഞാനും അള്ളാവും വേറെയല്ല ഞങ്ങൾ ഒന്നാണ് അള്ളാ എന്നിൽ കലർന്നു ചേർന്നിരിക്കുന്നു ഈശ്വരൻ എന്നിൽ കലർന്നു ചേർന്നിരിക്കുന്നു ഞാൻ ഈശ്വരനിൽ കലർന്നു ചേർന്നിരിക്കുന്നു ഞങ്ങൾ തമ്മിൽ എവിടെ ബൌണ്ടറി ഇടണം എന്ന് എനിക്ക് എന്നാണ് അദ്ദേഹത്തിന്റെ പാട്ട് ഞങ്ങൾ തമ്മിൽ എവിടെയാ വഴിയിൽ ഒരു സെഗ്രിഗേഷൻ വെക്കാന്ന് അറിയണില്ല ഇത് അവിടെയും കലർന്നിരിക്കുന്നു അതിവിടെയും കലർന്നിരിക്കുന്നു ഗംഗ കൽക്കട്ടയിലെത്തുമ്പോ സമുദ്രത്തിൽ കലക്കുന്ന ഘട്ടത്തിൽ ഗംഗാജലം എടുത്ത് വായിൽ ഒഴിച്ചു നോക്കിയാൽ ഉപ്പുരസം ഉണ്ടാവും സമുദ്രം ഗംഗയെ അടുത്തെത്തുമ്പോൾ സമുദ്രം ഇങ്ങോട്ട് വന്ന് ചേരുകയാണ് അപ്പൊ സമുദ്രവും ഏത് സമുദ്രമാണോ ഗംഗയാണോ എന്ന് പറയാൻ പറ്റില്ല അവിടെ അതുപോലെ ആ ഒരു അനുഭൂതി ഘട്ടത്തിൽ അദ്ദേഹം ആനന്ദത്തിൽ പാടും കീർത്തനം ചെയ്യും ചുറ്റി ചുറ്റി ചുറ്റി നർത്തനം ചെയ്യും ആ മരത്തിന് ചുറ്റും അദ്ദേഹം ഇങ്ങനെ കുറച്ചുകാലം നർത്തനം ചെയ്യും ആളുകൾ ഇങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെ അറിഞ്ഞു തുടങ്ങി പല സമ്പ്രദായത്തിലുള്ള ആളുകളും ഇദ്ദേഹത്തിനു കൂടെ ആടാൻ തുടങ്ങും അവര് മതിമറന്ന് ഒരു ലഹരി പിടിച്ച പോലെ ആളുകൾ ഇങ്ങനെ ഒരു ഫ്രണ്ട്സി അവർ ആടാൻ തുടങ്ങും ഇതറിഞ്ഞപ്പോ അവിടുത്തെ സുൽത്താൻ അറിഞ്ഞു ചില ആളുകളൊക്കെ പോയി പറഞ്ഞു കൊടുത്തു ഇവൻ അള്ളാവ ഞാനാണെന്ന് പറയണു പറഞ്ഞു കൊടുത്തു സുൽത്താന് വളരെ കോപം വന്നു കുറെ പടയാളികളെ അയച്ചിട്ട് പറഞ്ഞു അവനെ പിടിച്ച് കെട്ടിയിട്ട് ചമ്മിട്ടിക്കൊണ്ട് അടിക്കുക എന്ന് തോന്നി ഇവര് പിടിച്ചുകൊണ്ടുവന്നു ആ ഭക്തനെ എന്നിട്ട് ഒരു തൂണിൽ കെട്ടിയിട്ട് ചമ്മിട്ടിക്കൊണ്ട് അടിച്ചു എല്ലാവരുടെ മുമ്പിലും വെച്ച് അടിക്കുമ്പോഴും ഇദ്ദേഹം ആനന്ദത്തിൽ ചിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇവർ എന്നെയല്ല അടിക്കണം ഈ അടിക്കുന്ന ശരീരം ഞാനല്ല എന്നുള്ള ഭാവത്തിൽ ഇരിക്കുമ്പോൾ അയാൾ ആ സ്ഥിതിയിലും ആനന്ദമായി ധ്യാനത്തിൽ ആഴ്ന്നിരിക്കുന്നു അടിച്ച് ഇനി ചെയ്യില്ല എന്നുള്ള ധൈര്യത്തിൽ വിട്ടു അടുത്ത ദിവസം വൈകുന്നേരം വീണ്ടും ആ മരത്തിന്റെ ചുവട്ടിലുണ്ട് വീട്ടിലും വീണ്ടും ആ മരത്തിന്റെ ചുവട്ടിൽ ഇദ്ദേഹം ആടാൻ തുടങ്ങി നർത്തനം ചെയ്യാൻ തുടങ്ങി ഇതേപോലെ ഭക്തന്മാർക്ക് വരാതിരിക്കാൻ പറ്റില്ല ഈ കൃഷ്ണന്റെ വേണുകാന ശ്രവണത്തിൽ ഗോപികകൾ വരുന്ന പോലെ ഈ ഭക്തിയുടെ രസം ഇദ്ദേഹം ഇങ്ങനെ എന്താ പറയാ ഒരു മധുപാനം ചെയ്യുമ്പോ ആ ലഹരി ഉണ്ടാവണ പോലെ ഈ ഹൃദയത്തിൽ ഏർപ്പെടുന്ന ആനന്ദത്തിന്റെ ലഹരി അവിടെ മുഴുവൻ പരക്കുകയാണ് ആളുകൾ ഓടിവരും സുൽത്താൻ ശിക്ഷിക്കുമെന്നറിഞ്ഞാലും ആളുകൾ ഓടിവരും അപ്പൊ അടുത്ത ദിവസം ആടാൻ തുടങ്ങി ഇതിങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ സുൽത്താൻ വളരെ കോപം വീണ്ടും തന്റെ പടയാളികളെ അയച്ചു അവൻ വീണ ആ ഏക്താർ മീട്ടുന്ന കൈ ആ വിരൽ മുഴുവൻ മുറിച്ചുകളയ്യാന്ന് പറഞ്ഞു ഇനി ഇവൻ എങ്ങനെ പാടും നോക്കട്ടെ അവര് ഈ പടയാളികൾ പിടിച്ചുകൊണ്ടുപോയി വിരൽ മുറിച്ചു ഇദ്ദേഹം ഒന്നും വർത്തമാനം പറയില്ല എന്തുകൊണ്ട് പറയണമെന്ന് ചോദിച്ചാൽ അത് ഉത്തരവും പറയില്ല ഒന്നും ഉണ്ടില്ല അതുകൊണ്ട് വിരല് മുറിച്ചു കിടങ്ങി വിരൽ മുറിച്ച് ഇങ്ങിപ്പോൾ എന്ത് അടുത്ത ദിവസം അതേപോലെ ആ മരത്തിന്റെ ചുവട്ടില് വിരലില്ലാതെ ആ കൈ ബാക്കിയുണ്ടല്ലോ അതുകൊണ്ട് ഏകത്താറും വീട്ടിക്കൊണ്ട് ഇദ്ദേഹം ആടാൻ തുടങ്ങി ആളുകൾ ആ മരത്തിന്റെ വരും അവർ പിന്നെയും ആടാൻ തുടങ്ങി ഇത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും സുൽത്താൻ മനസ്സിലായി അദ്ദേഹം പടയാളികളെ വീണ്ടും പറഞ്ഞു പറഞ്ഞു ഈവന്റെ കൈ വെട്ടിക്കളയാം കൈ വെട്ടിക്കളഞ്ഞു ആ ഏകത്താറ് തല്ലി പൊട്ടിക്കാൻ പറഞ്ഞു അതും പൊട്ടിച്ചു ഇനി എന്ത് ചെയ്യും നോക്കാം അപ്പൊ ഏകത്താറ് ഇല്ലാതെ തന്നെ ഇയാൾ വന്ന് പാടാൻ തുടങ്ങി ശ്രുതിയില്ലെങ്കിൽ ചിലപ്പോ സംഗീതം രുചിക്കില്ല അല്ലേ പക്ഷേ ശ്രുതി ഇല്ലെങ്കിലും ഇയാൾ പാടുമ്പോ അത്ര രുചി അതുകൊണ്ട് ശ്രുതിയൊന്നും പ്രശ്നമല്ല ആളുകൾ അപ്പോഴും ആടുന്നു ഇദ്ദേഹത്തിന് കൈയില്ലാതെ വ്രണത്തോടുകൂടി തന്നെ അദ്ദേഹം ശരീരപ്രജ്ഞയെ ഇല്ലാതെ തനിക്ക് കൈ മുറിഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ള ഭാവം പോലും ഇല്ലാതെ ആടാൻ തുടങ്ങി അപ്പോഴും ആളുകൾ വന്നാടും സുൽത്താന് വളരെ കോപം വന്നു ഇവനെ ജീവനോട് വെച്ചേക്കാൻ പാടില്ല ഇങ്ങനെ പറയുന്നത് നമ്മളുടെ മതത്തിന് ഏറ്റവും വിരോധമാണ് അതുകൊണ്ട് അവനെ വെട്ടിക്കൊല്ലുക എന്ന് ആജ്ഞ കൊടുത്തു എല്ലാവരുടെ മുമ്പിലും വെച്ച് ആ സാധുവിനെ ആ ഫക്കീറിനെ ഇവര് വെട്ടിക്കൊന്നു കൊന്നു കഴിഞ്ഞപ്പൊ എന്തായി സുൽത്താൻ അവിടെ നിൽക്കുന്നുണ്ട് ഈ തലേ തലേ ദിവസം ഒരു പറ്റുപറ്റി ഈ പടയാളികൾ പാടാൻ തുടങ്ങി അത് അതിനു മുമ്പൊരു സംഭവം ഉണ്ടായി എന്താ പറ്റിയെന്ന് വെച്ചാ പാട്ടു പാടുന്ന നാവ് മുറിക്കാൻ പറഞ്ഞു അതാണോ ഉണ്ടായത് പാടുന്ന നാവ് മുറിച്ചു കളയാൻ പറഞ്ഞു അപ്പൊ ഇവര് നാവ് മുറിച്ചു കളഞ്ഞു ഇനി ഇയാളെങ്ങനെ പാടും നോക്കട്ടെ അപ്പൊ നാവ് മുറിച്ചു കളഞ്ഞപ്പോ ഇദ്ദേഹം വെറുതെ ഈ നാവില്ലെങ്കിൽ ആ ഒന്ന് ശബ്ദം വരുമല്ലോ ആ ശബ്ദ ഇദ്ദേഹത്തിന്റെ സംഗീതം ഹൃദയത്തിലാണേ ഈ വാക്കുകൊണ്ടുള്ള സംഗീതമൊന്നുമല്ല ഹൃദയത്തിലാണ് സംഗീതം അനുഭൂതിയുടെ അതിന് എന്തോ ഒരു ശബ്ദം ഒരു മാധ്യമം അത്രയേ ഉള്ളൂ അപ്പോഴും ഇദ്ദേഹം നാവില്ലാതെ ഇങ്ങനെ വളരുക ജൽപ്പനം ചെയ്യുക അതിങ്ങനെ പാട്ടായിട്ട് മാറി ആ അതും അതില് വാക്കുകൊണ്ടുള്ള പാട്ടില്ലെങ്കിലും ആളുകളുടെ മനസ്സ് അർത്ഥത്തിൽ പോകും ഇപ്പൊ അതും ഇല്ലാതായപ്പോ ഈ ശബ്ദത്തിൽ തന്നെ ആളുകൾക്ക് ലഹരിയായി അവരാടാൻ തുടങ്ങി അപ്പോഴാണ് സുൽത്താൻ ഈ പടയാളികളും ആടാൻ തുടങ്ങി ഇയാൾ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഈ ശബ്ദത്തിൽ പടയാളികളും ആടാൻ തുടങ്ങി അപ്പൊ സുൽത്താൻ വളരെ കോപം വന്നു സുൽത്താൻ തന്നെ ഡയറക്റ്റ് ആയിട്ട് വന്ന് ഇയാളെ വധിച്ചു ഈ ഫക്കീറിനെ എല്ലാവരുടെ മുമ്പിലും വെച്ച് വധിച്ചു വധിച്ചു കഴിഞ്ഞപ്പോ എന്തായി ഓരോന്നായി വീഴുകയാണ് ആദ്യം കൈ വിരൽ മുറിഞ്ഞു പിന്നെ ആ ഏക്കത്താർ പോയി പിന്നെ വായിൽ നാവ പോയി ഇപ്പൊ ആളെ തന്നെ കൊന്നു കഴിഞ്ഞപ്പോ ഒരു മൗനത്തിന്റെ സംഗീതം അവിടെ പരന്നു അത്ര ആ വൃക്ഷത്തിന് ചുറ്റും ഒരു നിശ്ചലതയുടെ സംഗീതം എന്ന് വെച്ചാൽ ഘനീഭവിച്ച ഒരു നിശ്ചലത ആ നിശ്ചലത ഇത്ര നേരം പാടിയ സംഗീതത്തിനേക്കാളും അതിമധുരമായിട്ട് ലഹരി പിടിപ്പിക്കുന്നതായിട്ട് ഘനീഭവിച്ച ഒരു മഹാമൗനത്തിന്റെ ഒരു സംഗീതം അവിടെ ഉണ്ടായിട്ട് രാജാവ് അടക്കം ആടാൻ തുടങ്ങിയത് ആ രാജാവിന് പോലും അടങ്ങിയിരിക്കാൻ വയ്യാതെ ആ സുൽത്താനടക്കം എല്ലാവരുടെയും കൂടെ നർത്തനം ചെയ്യാൻ തുടങ്ങിയത് എന്തു പറയുന്നു അനുഭൂതി ഉണ്ടായ ഒരു അനുഭൂതിമാന്റെ അനുഭൂതി ശരീരത്തിന്റെ സംബന്ധമില്ലാതെ സ്വതന്ത്രമത് അത് ശരീരം നിന്നാലും ശരീരം വീണുപോയാലും അയാളുടെ അനുഭൂതിക്ക് ചലനമില്ല കൈയും കാലും ഒക്കെ വെട്ടിമാറ്റിയാലും ആ അനുഭൂതിക്ക് ചലനമില്ല അതിനെ ആർക്കും എടുത്തുകൊണ്ടു പോകാൻ പറ്റില്ല അതാണ് ജനകൻ പറഞ്ഞത് അനന്തം ബദമേ വിത്തം യസ്യമേ നാസ്തി കിഞ്ചണം മിഥിലായാം പ്രദീപ്തായാം നമേ കിഞ്ചിത് പ്രണശ്യതി മിഥിലാനഗരിയെ ദഹിച്ചു പോയാലും ശരി എന്റെ ശരീരമേ എരിഞ്ഞു പോയാലും ശരി എന്റെ ഉള്ളിൽ ഏതൊരു അനുഭവമുണ്ടോ ആ അനുഭവം ഒന്നുകൊണ്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്നാണ് ഒരു തീ കൊണ്ട് അതിനെ തൊടാൻ പറ്റില്ല വെള്ളം കൊണ്ട് അതിനെ നനയ്ക്കാൻ പറ്റില്ല കാറ്റുകൊണ്ട് അതിനെ ശോഷിപ്പിക്കാൻ പറ്റില്ല ആയുധങ്ങൾ കൊണ്ടതിനെ ഛേദിക്കാൻ സാധ്യമല്ല ആ അനുഭൂതി കൂടുതൽ കൂടുതൽ പ്രബലമാകും അംഗങ്ങളിൽ ഓരോന്ന് പോകും തോറും കൂടുതൽ പ്രബലമാകും ശരീരം പോകുമ്പോൾ അത്യധികം പ്രബലമാകും ജീവൻ ഒരാൾക്ക് ദേഹം വീണു പോകുന്നത് അതിനുശേഷം അല്പം ഉണ്ടായിരുന്ന ഒരു തടസ്സം പോലും നീങ്ങിക്കിട്ടി ആ സ്ഥിതിയിൽ ആനന്ദം പ്രബലമായിട്ട് തീർന്നു കൂടുതൽ ഘനീഭവിച്ചു കൂടുതൽ ആനന്ദം ലഹരി പിടിച്ചു അവിടെ എന്തിനു പറയുന്നു ഇവിടെ ഭഗവാൻ ഇന്ദ്രിയ നിഗ്രഹം പറയുമ്പോൾ ആ ഇന്ദ്രി നിഗ്രഹങ്ങൾ കൊണ്ട് നമുക്ക് ആനന്ദം ഇല്ലാതാവുകയല്ല മറിച്ച് അകമേക്കുള്ള ആനന്ദം സർവതോഭദ്രമായിട്ട് തീരുന്നു ആ പ്രജ്ഞ ദൃഢമായിട്ട് തീരുമ്പോ അത് ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോവാത്തതായിട്ട് തീരുന്നു ആ പ്രജ്ഞ ആ അനുഭൂതി ഇവിടെ പ്രജ്ഞ എന്ന് ഭഗവാൻ പറയുന്ന ആ അനുഭവം ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോവാതെ നിൽക്കുന്നു അത് ആ അനുഭൂതി നേടിയ ഒരു ജ്ഞാനി അയാളെ അത്ഭുതമായ ഒരു ശ്ലോകം കൊണ്ട് വിശേഷിപ്പിക്കുകയാണ് അടുത്ത ശ്ലോകത്ത് ഗീതയിലെ മനോഹരമായ മിസ്റ്റിക്കലായിട്ടുള്ള വെർസസിൽ ഒന്നാണ് അടുത്ത ശ്ലോകം വളരെ യൗകികമായ ഒരു ശ്ലോകം അടുത്ത ശ്ലോകം നോക്കുക യാ നിഷാ സർവഭൂതാനാം തസ്യം ജാഗൃത്തി സംയമീ निशा इस या ൂത നിഷാ പശ്യത്തോ മു ഗുടച്ചുല്ലാ നിഷൂത സംയമീ യാഗ്രതിഭൂത്ത രാത്രി എല്ലാ ഭൂതങ്ങൾക്കും ഏതൊന്ന് രാത്രിയോ നിശാ സംയമീ ജാ സംയമീന്ന് വെച്ചാൽ യോഗീ അഥവാ ജ്ഞാനി എന്നർത്ഥം ആത്മാ എന്നർ താഗൃത്തി സംയമി യെസ്യാം ജാഗ്രതി ഭൂതാനി ഏതൊന്നിലാണോ ഭൂതങ്ങളൊക്കെ ഉണർന്നിരിക്കുന്നത് സർവതൃക്കായിട്ടുള്ള സംയമിക്ക് ആ പകൽവേള രാത്രിയാണെന്നാണ് ഈ ശ്ലോകം കേട്ടാൽ നമുക്ക് സാധാരണ അർത്ഥം പറഞ്ഞാൽ എന്താവും ഗ്രാമറൊക്കെ വെച്ചുകൊണ്ട് ഗീതയ്ക്ക് അർത്ഥം പറയുകയാണെങ്കിൽ ഗ്രാമറൊക്കെ പഠിച്ച് ഗീതയിലെ ശ്ലോകങ്ങൾക്ക് അർത്ഥം പറയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ പകല് യോഗ്ക്ക് രാത്രി യോഗിയുടെ പകൽ മറ്റുള്ളവർക്ക് രാത്രി എന്നർത്ഥം പറയണം അപ്പോ രാത്രി നൈറ്റ് ഡ്യൂട്ടിയാണ് യോഗിക്ക് അല്ലെ രാത്രി ഉണർന്നിരുന്ന് എല്ലാരും ഉറങ്ങുമ്പോ അദ്ദേഹം ഉണർന്നിരിക്കുന്നു എല്ലാവരും ഉണർന്നിരിക്കുമ്പോ അദ്ദേഹം ഉറങ്ങുന്നു യോഗികൾക്ക് ഉറക്കം കുറവാണെന്ന് പറയും സാധാരണ രാത്രി നാലുപേരും ഉറങ്ങില്ല എന്നാണ് ഇപ്പൊ ഊണിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ യോഗികളും ഉറങ്ങില്ല ഭോഗികളും ഉറങ്ങില്ല രോഗികളും ഉറങ്ങില്ല ദ്രോഹികളും ഉറങ്ങില്ല എന്നാണ് രാത്രി രോഗികൾക്ക് ആത്മധ്യാനം കൊണ്ട് ഉറക്കമില്ല ഭോഗികൾക്ക് ഭോഗം കൊണ്ട് ഉറക്കമില്ല രോഗികൾക്ക് രോഗം കൊണ്ട് ഉറക്കം വരണില്ല ദ്രോഹികൾക്ക് ദ്രോഹചിന്ത കൊണ്ടും മറ്റുള്ളവരെ ദ്രോഹിക്കാൻ പറ്റിയ സമയമായതുകൊണ്ടും ഉറക്കമില്ല അപ്പൊ അത് ആ അർത്ഥമല്ല ഇവിടെ രാത്രി പകൽ ടൈം തന്നെ നമുക്ക് അങ്ങനെയാണ് ഇപ്പൊ സാധാരണ അല്ലെ രാത്രി പകൽ എന്ന് വെച്ചാൽ ഇരുട്ട് വെളിച്ചം എന്നർത്ഥം മഹർഷി അക്ഷരപണമാലയിൽ ഒരു പാട്ടിൽ പറയുന്നു വീട്ടിൽ രാവും പകലും ഇല്ലാത്തതായ ചിതാകാശത്തിൽ നമുക്ക് രമിക്കാൻ വരൂ രാവു ടൈം കോൺസെപ്റ്റില് രാത്രിയും പകലും മാത്രമേ ഉള്ളൂ ടൈം ബാക്കി നമ്മൾ ഈ ക്ലോക്ക് വെച്ചിട്ടുള്ള ടൈമൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ് അമേരിക്കയിലെ രണ്ടു പ്രാവശ്യം സമയം മാറ്റൂ അത്ര വർഷത്തിലെ ഓരോ മണിക്കൂർ അങ്ങോട്ട് ഇങ്ങോട്ട് അഡ്ജസ്റ്റ്മെന്റ് നടത്തും ആ ടൈം ക്ലോക്ക് വെച്ചിട്ടുള്ള ടൈം നമ്മൾ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ടാണല്ലോ ചില വീട്ടിലൊക്കെ അഞ്ചഞ്ച് മിനിറ്റ് പപ്പത്ത് മിനിറ്റ് കൂട്ടിവെക്കും നമുക്ക് വേഗം പോകണമെങ്കിൽ ഓഫീസിലേക്ക് പോകണമെങ്കിൽ എല്ലാ വീട്ടിലും ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇന്ന് ഇവർക്ക് അറിയുകയും ചെയ്യും എന്നിട്ട് ഇരിക്കുകയും ചെയ്യണം സൗകര്യം പോലെ ടൈം സമയം നമ്മൾ ഉണ്ടാക്കുന്ന സമയം സ്വാമി രാമതീർത്ഥന് ഒരു വാച്ച് ഉണ്ടായിരുന്നു ആ വാച്ച് അദ്ദേഹം സ്വാമി വിവേകാനന്ദന് കൊടുത്തു വിവേകാനന്ദ സ്വാമി അത് അദ്ദേഹത്തിന്റെ പക്കിട്ട് തന്നെ വിട്ടു ഒരു ഗോൾഡ് സ്ട്രിപ്പ് വാച്ച് അദ്ദേഹത്തിന് ഈ വേദാന്തം ലഹരി പിടിച്ച ഒരു സമയം അപ്പോ അദ്ദേഹത്തിന്റെ വാച്ച് എപ്പോഴും ഒരു മണിയിൽ നിൽക്കും ആര് സമയം എത്രയാണ് എന്ന് ചോദിച്ചാൽ വൺ എന്ന് പറയും എന്ന് വെച്ചാൽ രണ്ടില്ല അത്രയാണ് അദ്ദേഹത്തിന്റെ സമയത്തിൽ ആ വാച്ചിൽ രണ്ടാമതൊന്നില്ല ഒന്നേ ഉള്ളൂ എന്നു അപ്പൊ ടൈം മനസ്സിന്റെ ഒരു ഭ്രമമാണ് കാലം മനസ് ബഹിർമുഖപ്പെടുമ്പോഴാണ് കാലം ജനിക്കുന്നത് അന്തർമുഖമായ മനസ്സിന് കാലമില്ല ആനന്ദിക്കുന്ന മനസ്സിനും കാലമില്ല ആനന്ദിക്കുമ്പോ കാലമില്ല ദേശകാലാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം ഭഗവാന്റെ സ്വരൂപം ദേശത്തിനും കാലത്തിനും അപ്പുറമുള്ളതാണ് അപ്പൊ മനസ്സ് ബഹിർമുഖപ്പെടുമ്പോ കാലം വരും അന്തർഭി പുരുഷ കാലരൂപൈഹി പ്രയച്ചതോ മൃത്യുമുതാമൃതം ചിത്തം പുറമേക്ക് വരുമ്പോ കാലം ചിത്തം സ്വരൂപത്തിൽ ലയിക്കുമ്പോ കാലമില്ല ഉറക്കത്തിനും ടൈം അറിയണില്ലല്ലോ അല്ലേ അതാണ് നമുക്ക് പലപ്പോഴും സങ്കടം നല്ല ക്ഷീണിച്ചുറങ്ങുമ്പോ അപ്പോഴേക്ക് നേരം വെളുത്തവും തോന്നും ഇപ്പൊ കിടന്നതേ ഉള്ളൂ അപ്പോഴേക്ക് നേരം വെളുത്തും ടൈമേ ഇല്ല നടുവിലുള്ള സമയമൊന്നും അറിയയില്ല നമുക്ക് ആനന്ദമായിട്ടിരിക്കുമ്പോഴും ടൈം അറിയില്ല പറയുടെ പാല് നുകർന്ന ഭാഗ്യവാൻമാർ ഒരു പതിനായിരം ആണ്ടൊരൽപനേരം പതിനായിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞൊടുക്കുന്ന വേഗത്തിൽ പോകുമോ സമാധി സ്ഥിതിയിലിരിക്കുന്ന യോഗികൾക്ക് എത്ര കാലമായി എന്ന് തന്നെ അറിയില്ല ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോ എത്ര കാലമായി എന്നറിയില്ല അതാണ് ദേവലോകത്തിൽ പോയിട്ട് വന്നാൽ ഒരുപാട് കാലം പോയിക്കളിയെന്ന് പറയണം അവിടെ ആനന്ദമായിരിക്കുന്നത് കൊണ്ട് ടൈമേ അറിയില്ല സമാധിയിലിരിക്കുന്ന ചില യോഗികൾക്കും അങ്ങനെയാണ് ചിലപ്പോൾ അനേക വർഷങ്ങൾ സമാധിയിൽ പോകും എന്നാണ് മനസ്സ് ഉദിക്കുമ്പോഴാണ് കാലം പൊന്തണത് അട്ടെ അപ്പോ രാത്രി പകൽ ഇതാണ് ജനറൽ ടൈം ഇപ്പൊ ഇവിടെ ഭഗവാൻ രാത്രി പകൽ എന്നുള്ളത് എന്തിനു പ്രയോഗിക്കണമെന്ന് വെച്ചാൽ പകൽ പോലെ സത്യം എന്ന് നമ്മൾ ചില കാര്യങ്ങൾ പറയും അതായത് നല്ലവണ്ണം തെളിഞ്ഞു കാണപ്പെടുന്നത് പകൽ തെളിഞ്ഞു കാണപ്പെടാത്തത് ഒരേ ഇരുട്ട് എന്ന് പറയും അതിനെക്കുറിച്ചിപ്പോ ഒബ്സ്ക്യൂറാണ് ഡാർക്ക്നെസ്സിലാണ് ഒന്നും കാണാൻ വയ്യാവുന്നു ഇവിടെ യോഗികളുടെ പകൽ നമുക്ക് രാത്രി നമ്മളുടെ പകൽ യോഗികൾക്ക് രാത്രി എന്ന് പറയാൻ കാരണം നമുക്ക് ഇന്ദ്രിയങ്ങളുടെ ലോകമാണ് നമ്മളുടെ പകൽ നമ്മളുടെ സത്യം കാണുക കേൾക്കുക മണക്കുക രുചിക്കുക സ്പർശിക്കുക ഇതാണ് നമ്മളുടെ മുമ്പിലുള്ളത് ഇത് നമുക്ക് സത്യം നമുക്ക് ഈ ലോകമാണ് കാണുന്നത് അതേസമയം യോഗികൾക്കോ ഇന്ദ്രിയ പ്രത്യക്ഷമായ ലോകത്തിന്റെ സ്ഥാനത്ത് അവര് ബ്രഹ്മത്തിനെ കാണുന്നു ജഗത്ത് തന്നെ അവർക്ക് ബ്രഹ്മസ്വരൂപമായിട്ട് ഭഗവത് കാണുന്നു അവര് കാണുന്ന ആ ലോകമുണ്ടല്ലോ അത് നമുക്കിരുട്ട് നമ്മൾ കാണുന്ന ലോകമുണ്ടല്ലോ ഈ രാഗദ്വേഷ കലുഷമായിട്ടുള്ള ലോകം അത് അവർക്കിരുട്ട് അവരങ്ങനെ ഒരു ലോകത്തിനെ കാണുന്നില്ല അതാണ് അവരുടെ പകൽ നമുക്ക് രാത്രി നമ്മളുടെ പകൽ അവർക്ക് രാത്രി എന്ന് പറഞ്ഞത് അവര് സദാ അവരുടെ ലോകം എങ്ങനത്തെ ലോകമാണെന്ന് വെച്ചാൽ ഭാഗവതത്തിൽ ഒരിടത്ത് പറയുന്നു ആ ലോകത്തിൽ ഒരിക്കലേ സൂര്യൻ ഉദിക്കുള്ളൂ പിന്നെ അത് അസ്തമിക്കുകയില്ല അങ്ങനെ ഒരു ലോകം എന്നാണ് വിഭാതം സവിതുർ യഥാപ്രഭ എന്നാണ് ഒരേ ഒരു പ്രാവശ്യം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു പിന്നെ അസ്തമനമില്ലാത്ത സൂര്യോദയം സദാ ആത്മാനുഭവം അതാണ് കാക്കശ്ശേരി ഭട്ടതിരി പറഞ്ഞത് സന്ധ്യാവന്തരം കഴിക്കണില്ലേ ഭട്ടയിരിയും ചോദിച്ചു അദ്ദേഹത്തിനോട് അദ്ദേഹം സന്ധ്യാവന്തരവും ഇല്ല കുടിയും ഇല്ല വസ്ത്രം ഒടുക്കലും ഇല്ല മന്ത്രം ചൊല്ലലും ഇല്ല ക്ഷൗരവുമില്ല യാതൊന്നും ഇല്ലാതിരിക്കുക അപ്പോഴാ ചോദിച്ചത് സന്ധ്യാവന്തരം കഴിക്കണില്ലേ അപ്പൊ ബട്ടയിരി പറഞ്ഞു സൂര്യൻ അസ്തമിക്കട്ടെ ഐ അസ്തമിക്കാറായിരിക്കണോ ഏയ് എനിക്കിവിടെ ഉദയവുമില്ല അസ്തമനുമില്ല ഹൃദാകാശേ ചിദാദിത്യ സദാഭാതി നിരന്തരം ഉദയാസ്തമയൗ നസ്ത കഥം സന്ധ്യാവുപാസ്മഹേ ഹൃദയമാവുന്ന ആകാശത്തിൽ ബോധമാവുന്ന സൂര്യൻ സദാ പ്രകാശിച്ചുകൊണ്ടേ ഇരിക്കണു അത് ഉദിക്കണമില്ല അസ്തമിക്കണമില്ല എങ്ങനെ സന്ധ്യാവനം ചെയ്യും എന്നാ പിന്നെ ബാക്കിയുള്ള അനുഷ്ഠാനങ്ങളോ അതൊക്കെ വല്ല പലയുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല എനിക്ക് രണ്ടു വിധത്തിലിപ്പോ തീട്ടുണ്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മരണമുണ്ട് പ്രസവമുണ്ട് എന്താപ്പൊ മരണവും പ്രസവവും മൃതാ മോഹമയി മാത എന്നെ പറ്റ ഒരു അമ്മയുണ്ട് ആ അമ്മ ആരാ അജ്ഞാനം എന്ന അമ്മ അതായത് എന്നെ പറ്റതെന്ന് വെച്ചാൽ ഈ അഹങ്കാരത്തിന് ജനിപ്പിച്ചത് അഹങ്കാരത്തിന് ജനിപ്പിച്ച് അജ്ഞാനമാകുന്ന അമ്മ മരിച്ചുപോയി പിന്നെ എനിക്കൊരു കുട്ടിയും ജനിച്ചു എന്താ ബോധമയോ ശിശുഹോ ജ്ഞാനമാകുന്ന ഒരു കുഞ്ഞു ജനിച്ചു അതുകൊണ്ട് രണ്ട് പെലയുണ്ട് അതുകൊണ്ട് വേറെ കർമ്മങ്ങളൊന്നും വയ്യാതെ സൂര്യൻ അദ്ദേഹത്തിന്റെ ഈ അനുഭൂതി ലോകം അനുഭൂതി മണ്ഡലം ബാക്കിയുള്ളവർക്ക് വല്ലതും മനസ്സിലാവും അതുകൊണ്ടാണ് നമ്മൾ യോഗികൾ അവര് കാണുന്ന ലോകത്തിൽ അവരെന്തോ ചെയ്തുകൊണ്ട് നടക്കുന്നത് കാണുമ്പോ നമ്മൾ പറയുന്നത് വെട്ടാണെന്ന് പറയണം അവര് നമ്മളുടെ ലോകം കാണുന്നില്ലല്ലോ അവര് കാണുന്ന ലോകം നമുക്ക് മുഴുവനും ഇരുട്ട് അനുഭൂതി അവര് പറയുന്നു എല്ലാം ഭഗവത് സ്വരൂപം എന്ന് നമ്മൾ എവിടെ എവിടെ എവിടെ എവിടെയെന്ന് ചോദിച്ചു ഇരണ്യ കശുവും പ്രഹ്ലാദനും ഒരേ ഇടത്ത് പ്രഹ്ലാദൻ സർവത്ര നാരായണഹാ എന്ന് പറയുമ്പോ ഒരിടത്തും കാണാനില്ലല്ലോ എന്നാണ് ഇരണ്യകശപുവിന്റെ വാദം നാരായണനെയല്ല ഒരിടത്തും കാണാനില്ല സ്പേസിലേക്ക് ആദ്യമായിട്ട് പോയിട്ട് വന്നപ്പോ ആ സ്പേസിൽ പോയിട്ട് വന്ന ആളുകളെയൊക്കെ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് കൺട്രിയിലെ ഒരാൾ വിളിച്ചു അത്ര വളരെ ഫേമസ് ആയിട്ടുള്ള അതിന്റെ തലപ്പിലിരിക്കുന്ന ആൾ വിളിച്ചിട്ട് ചോദിച്ചു അത്ര നിങ്ങൾ ആകാശത്തിലൊക്കെ പോയല്ലോ അവിടെ എവിടെയെങ്കിലും ഈശ്വരൻ എന്ന് പറയണ്ടല്ലോ അതുപോലെ ആരെങ്കിലും വലുതുകൊക്കെ കണ്ടുവോന്ന് അവർക്ക് ഈശ്വരൻ ഇല്ലല്ലോ ഈശ്വരൻ ഇല്ല എന്നുള്ള വാദമാണല്ലോ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഓ കണ്ടു ഓ എനിക്കറിയുണ്ട് എന്ന് അറിയാം പക്ഷെ ഞങ്ങൾക്ക് പറയാൻ പാടില്ല അതേപോലെ ഒരു മതത്തിന്റെ വലിയൊരാചാര്യനും വിളിച്ചു അത്രയും വിളിച്ചിട്ട് ചോദിച്ചു അത്ര ഈശ്വരൻ എവിടെയെങ്കിലുമൊക്കെ കണ്ടുവോ സ്പേസില് പേര് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിടത്തും കണ്ടില്ലല്ലോ ഇല്ല എന്ന് ഞങ്ങൾ എനിക്കറിയാം പക്ഷെ ഞങ്ങൾക്ക് പറയാൻ പാടില്ലല്ലോ നമ്മളുടെ ഈശ്വരൻ ഉണ്ട് ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് തുല്യമാണ് രണ്ടും വെറും വാക്കുകൊണ്ട് പറയാ കുട്ടികളൊക്കെ പറയണ പോലെ ഈശ്വരൻ ഉണ്ട് ഈശ്വരൻ എന്താ ഉണ്ട് ഇല്ല എന്നൊക്കെ പറയേണ്ട സാധനമാണോ തങ്ങാടി കിട്ടുന്ന വസ്തുവാണോ എതിർദേന നിഷേധ ആരാ നിഷേധിക്കണമെന്ന് തന്നെ ആരാണ് നിഷേധിക്കുന്നവന്റെ അന്തസ്സത്തെ തന്നെ ഭഗവാനാണ് എനിക്ക് നാവ് കൊണ്ട് എനിക്ക് നാവില്ല നാവില്ല നാവില്ല എന്ന് പറയണ പോലെയാണ് ഒരാൾ നാവില്ല എനിക്ക് നാവില്ല എന്ന് പറഞ്ഞാൽ അരോ യുക്തി പറയാം നാവില്ല എന്നുള്ളത് എന്തുകൊണ്ട് പറയും അപ്പൊ അതുപോലെയാണ് നമ്മളുടെ വാദങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാത്തതൊക്കെ നമ്മൾ എന്ത് പറയും നമുക്ക് കാണാത്തത് എന്തെങ്കിലും അതാണ് ഭാരതി സ്വാമികൾ ശൃങ്കേരി മഠത്തിൽ അദ്ദേഹം അവിടുത്തെ ആചാര്യരായിരിക്കുമ്പോ അദ്ദേഹത്തിന് വയ്യ അദ്ദേഹം കുട്ടിക്കാലത്തെ അവതൂതനായിരുന്നു അദ്ദേഹം ജനിച്ചത് തന്നെ ദിവ്യമായിട്ടാണ് എന്താന്ന് വെച്ചാൽ അദ്ദേഹം ശൃംഗേരിയിലെ ജനിച്ച ഒരു സ്വാമിയായിരുന്നു അവരുടെ അച്ഛനും അമ്മയ്ക്കും പതിനൊന്ന് കുട്ടികളും മരിച്ചുപോയി കുട്ടി ജനിക്കും കുറച്ചു കഴിഞ്ഞാൽ മരിച്ചുപോകും പരമദരിദ്ര കുടുംബം പതിനൊന്ന് കുട്ടികളും മരിച്ചുപോയി ഇവരെ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് ഒരു കുട്ടിയെ കിട്ടില്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അന്നത്തെ സ്വാമികൾ ശിവാഭിനവ നൃസിംഹാരതി സ്വാമി പറഞ്ഞു ഗോകർണത്തിൽ പോയിട്ട് നടന്നു ചെന്ന് ഗോകർണത്തിൽ പോയി ഭഗവാനെ ആരാധിച്ചിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ അവര് ഗോകർണത്തിലേക്ക് നടന്നു ചെന്ന് ശിവരാത്രി വെറുതൊക്കെ അനുഷ്ഠിച്ചിട്ട് ജനിച്ചതാണ് അദ്ദേഹം ജനിച്ചത് തന്നെ എങ്ങനെയാണ് പിന്നെ കുട്ടിക്കാലം മുതൽ ഈ ഒരു ഭാവസ്ഥിതി അദ്ദേഹത്തിന് വരും മൂഖപഞ്ചശതി പറഞ്ഞുകൊണ്ട് ചിലപ്പോ അദ്ദേഹത്തിന് വീട് തന്നെ മറന്നുപോയിട്ട് നടക്കും സദാശിവ ബ്രഹ്മേന്ദ്രസ്വാമികളുടെ ആത്മവിദ്യാവിലാസം പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ഒരാൾ മഠാധിപതിയായി പിടിച്ചിരുത്തിയാൽ എങ്ങനെ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റും പോകുന്നു അദ്ദേഹത്തിനെ അന്നത്തെ ശങ്കരാചാര്യരുടെ കാലത്തിന് ശേഷം അദ്ദേഹത്തിനെ മഠാധിപതിയാക്കാനായിട്ട് വിളിച്ചുകൊണ്ടുവന്നു ബാംഗ്ലൂരിൽ വേദാന്തം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ വേദാന്ത പാഠശാലയിൽ നിന്നും അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ടുവന്നപ്പോ ആ കോൺവെർസേഷനൊക്കെ വളരെ മനോഹരമായിട്ട് ഭാഷ്യസ്വാമികൾ എഴുതിയിട്ടുണ്ട് അപ്പൊ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹത്തിനോട് പറയുന്നു നമ്മുടെ ഗുരുദേവൻ അങ്ങേക്ക് സന്യാസം തന്ന് മഠാധിപതിയായി ഇരുത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹം പറഞ്ഞു അങ്ങ് ആദ്യം പറഞ്ഞത് ഞാൻ സ്വീകരിക്കാം രണ്ടാമത് പറഞ്ഞത് എനിക്ക് പറ്റില്ല സന്യാസം ഞാൻ സ്വീകരിക്കാം അതിന്റെ അടുത്ത് ഗുരു എനിക്ക് ഉപദേശിച്ചിട്ടുണ്ട് സന്യാസം സ്വീകരിച്ച് ആത്മവിചാരം ചെയ്യാനാണ് എന്നോട് പറഞ്ഞത് അല്ലാതെ മഠാധിപതിയായിരിക്കാം പറഞ്ഞില്ല അങ്ങേ പോലെയുള്ളവർക്ക് അങ്ങനെ സന്യാസം മാത്രമായിട്ട് കൊടുക്കാൻ പറയൂ മഠാധിപത്യവും ഉണ്ട് മഠാധിപതിയായിരിക്കണം അപ്പോ സന്യാസം സ്വീകരിച്ച് ആത്മധ്യാനം ചെയ്യാനാണ് എനിക്ക് ഗുരുപദേശം എന്ന് ഈ കുട്ടി നരസിംഹൻ എന്നാണ് ഈ കുട്ടിക്ക് പേര് ഈ ഒരുപാട് കാരണങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ആ ഉയർന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ ഗുരു തന്നെ ശാരദാദേവിയോട് അഞ്ച് ശ്ലോകങ്ങൾ എഴുതി പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ ശ്ലോകങ്ങളൊക്കെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഭക്തിസുധാതരങ്കിണിയിലുണ്ട് ഈ സർവജ്ഞം ശ്രീ നൃസിംഹം കുരു ശിവദയിതേ സത്വരം മധ്വിനമ്രം എന്റെ ശിഷ്യനായി ഈ നരസിംഹനെ സർവജ്ഞനാക്കി ചെയ്യൂ എന്ന് ദേവിയോട് പ്രാർത്ഥിക്കാം അദ്ദേഹം വലിയ കവിയായിരുന്നു അദ്ദേഹം വാൽമീകി വരെയൊക്കെ പോലെ സംവാദം ചെയ്യുന്നത് തന്നെ ശ്ലോകത്തിലാണ് അംബിക ദേവിയോട് അപ്പൊ ഇദ്ദേഹം കുട്ടിക്കാലം മുതൽ ഈ ഒരു ഭാവസ്ഥിതി അവതൂത സ്ഥിതി ഇദ്ദേഹത്തിനുണ്ടായിരുന്നു അപ്പൊ ഈ അഡ്മിനിസ്ട്രേറ്റർ പിന്നെയും നിർബന്ധിച്ചപ്പോ ഇദ്ദേഹം പറഞ്ഞു എനിക്ക് ആത്മവിചാരം ചെയ്യാനാണ് സന്യാസത്തിന്റെ ആവശ്യം അപ്പൊ ഈ അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞു അത് മഠാധിപതിയായിരുന്നു കൊണ്ടേ ചെയ്യാമല്ലോ അതെന്ത് തടസ്സം അപ്പൊ ഇദ്ദേഹം പറയണത് അടാധിപതിയായിരിക്കുന്നത് തന്നെയാണ് തടസ്സം അപ്പൊ ആത്മവിചാരം ചെയ്യാൻ പറ്റില്ല എന്ന് ഇദ്ദേഹത്തിന്റെ വാദം എന്ത് തടസ്സം എന്ന് അദ്ദേഹം ചോദിച്ചു അപ്പൊ പറഞ്ഞു ലോകത്തിൽ വ്യവഹരിക്കേണ്ടി വരും സമ്പർക്കം വെക്കേണ്ടി പണത്തിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി ഇതൊക്കെ തന്നെ ആത്മധ്യാനത്തിന് തടസ്സമാണ് അപ്പൊ അതൊക്കെ ഞാൻ നോക്കിക്കൊളാം എന്റെ അടുത്ത് ആ ഭാരമൊക്കെ വെച്ചിട്ടങ്ങ് മഠാധിപതി ആയിക്കൊള്ളുക എന്ന് പറഞ്ഞു നിർബന്ധിച്ച് സന്യാസം കൊടുത്തു മഠാധിപതിയായി ഇരുത്തിയതാണ് പക്ഷെ അദ്ദേഹത്തിന് കുറച്ചു കാലമൊക്കെ അങ്ങനെ ഇരുന്നുവെങ്കിലും പെട്ടെന്ന് മറന്നുപോകും പൂജ ചെയ്തുകൊണ്ടേയിരിക്കും രാമകൃഷ്ണപരമംസരെ പോലെ ചിലപ്പോ കുങ്കുമ ഇട്ടുകൊണ്ടേയിരിക്കും ചിലപ്പോ ഭഗവാനെ നോക്കിക്കൊണ്ടിരുന്ന ഒക്കെ മറന്നുപോകും ചില സമയത്ത് പൂജയ്ക്ക് നടുവിലെഴുന്നേറ്റ് പോവും അദ്ദേഹത്തിന് ഈ ഈ ലോകമല്ല അദ്ദേഹം കാണുന്നതേ അദ്ദേഹം കാണുന്ന ലോകം മറ്റുള്ളവർക്ക് കാണാൻ വയ്യ ഒരു ദിവസം ശാരദാദേവിക്ക് പൂജയ്ക്ക് വരുമ്പോൾ അമ്പലത്തിന് മുമ്പിൽ ഒരു പശു കിടക്കണുണ്ട് നേദ്യമൊക്കെ കൊണ്ടുവരുന്നു ആ പശുവിനെ ഇവരെ എഴുന്നേപ്പിക്കാൻ വന്നപ്പോൾ ഇവരെ തടസ്സം ചെയ്ത് ആ പശുവിനെ വന്ന് കുറെ നേരം നോക്കിക്കൊണ്ടേ നിന്നു ദേവിക്ക് പൂജയ്ക്ക് കൊണ്ടുവന്ന മാല പശുവിന്റെ കഴുത്തിലിട്ടു പുഷ്പത്തിനെ പശുവിന്റെ ശിരസിലർപ്പിച്ചു ആ പ്രസാദം മുഴുവൻ പശുവിന്റെ മുമ്പിൽ വെച്ച് നേദിച്ചു പശുവിനൊരു ആരത്തി കാണിച്ചു ഒരു നമസ്കാരം ചെയ്തു പോയി ഇത് തന്നെ ശാരദാദേവിക്ക് പൂജ എന്നുള്ള മട്ടിൽ പോയി അപ്പോ ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിന് ഈ ചര്യകൾ കണ്ടു തുടങ്ങിയപ്പോ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല അനുഭൂതിയുടെ വളരെ ഉയർന്ന ഒരു തലത്തിൽ ചിലപ്പോൾ കുറെ കാലത്തേക്ക് പുറമേക്ക് വരികയില്ല എത്ര ഭക്തന്മാർ വന്നാലും ആര് വന്നാലും അവർ കാണാനും കൂട്ടാക്കില്ല അദ്ദേഹം ഒരു മുറിയിലടച്ചിരിക്കും ഈ ഒരവസ്ഥ കണ്ടപ്പോ ആളുകൾ അദ്ദേഹത്തിന് തലയ്ക്ക് സുഖക്കേടാണ് എന്ന് കൽപ്പിച്ചു സൈക്കാട്രിസ്റ്റിനെ കൂട്ടിക്കൊണ്ടുവന്നു ഒരു സൈക്കാട്രിസ്റ്റിനെ കൂട്ടിക്കൊണ്ടുവന്നു ഈ സൈക്കാട്രിസ്റ്റ് കുറേ ദിവസം അവിടെ ഇരുന്നിട്ടും സ്വാമികളെ അടുത്തുപോയി ഡയഗ്നോസിസ് ചെയ്യാനൊന്നും പറ്റില്ല ഗവൺമെന്റ് അയച്ചതാണ് അടുത്തൊരു മടാധിപതിയെ നിയമിക്കാൻ ഇദ്ദേഹത്തിന്റെ അനുമതി വേണം അപ്പൊ അദ്ദേഹം വന്ന് കുറച്ചു ദിവസം അവിടെ താമസിച്ചു എന്നിട്ട് അവസാന ദിവസം താൻ ഡോക്ടറാണെന്നൊന്നും അറിയാത്ത വിധത്തിൽ പഞ്ചകച്ചവൊക്കെ ഉടുത്തുകൊണ്ട് മേലെ മുണ്ട് ഇട്ടുകൊണ്ട് ഭസ്മക്കുറിയൊക്കെ ഇട്ടുകൊണ്ടാണ് മുമ്പിൽ പോയിരുന്നത് തീർത്ഥപ്രസാദം വാങ്ങിക്കുമ്പോ സ്വാമികൾ സൈക്കാട്രിസ്റ്റിനെ നോക്കിയിട്ട് വന്ന കാര്യമൊക്കെ കഴിഞ്ഞോ ചോദിച്ചോ വന്ന കാര്യമൊക്കെ കഴിഞ്ഞോ എന്റെ സൂക്കേട് നിനക്ക് മനസ്സിലാവുമോ രണ്ടാമത്തെ ചോദ്യം എന്റെ സൂക്കേട് നിനക്ക് മനസ്സിലാവുമോ മൂന്നാമത്തെ ചോദ്യം മറ്റുള്ളവരൊന്നും കാണാത്ത ചിലതൊക്കെ ചിലർ കാണുന്നു എന്ന് വെച്ചാൽ അവരെയാണോ നിങ്ങൾ ഭ്രാന്തെന്ന് വിളിക്കുക നാലാമത്തെ ചോദ്യം ചോദിച്ചു നിങ്ങളുടെ അമ്മ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ അമ്മ കുറച്ചു കാലം മുമ്പ് വളരെ സീരിയസ് ആയി സൂക്കേടായി ഇന്നിട്ട് ഒരു നിർത്തിയില്ലാതെ സ്വാമികളുടെ മുമ്പിൽ വന്ന് നമസ്കരിച്ചപ്പോ സ്വാമികൾ എന്തോ തീർത്ഥമോ എന്തോ കൊടുത്തയച്ച ഒക്കെ ശരിയാവുമെന്ന് പറഞ്ഞോളാം അവർ ഗുണമായതാണ് അതായത് സ്വന്തം അമ്മയെ ചികിത്സിക്കാൻ കഴിയാത്ത ഒരാളാണ് വേട്ടേ ഡൈ നോക്കാൻ അപ്പൊ അമ്മ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചോത്രയും ഈ നാലും കഴിഞ്ഞ അപ്പോ സാധാരണ അവരുടെ അവര് കാണുന്ന ലോകം മറ്റുള്ളവർക്ക് കാണാൻ വയ്യാത്തതുകൊണ്ട് പാലോന്മത്ത പിശാചവത്ത് അവർ ചിലപ്പോൾ ഉന്മാദം പിടിച്ചവരെ പോലെ കൊച്ചുകുട്ടികളെപ്പോലെ ഭൂതപാതയേറ്റവരെ പോലെയൊക്കെ നടക്കും അവർക്ക് സർവം കൽവിതം ബ്രഹ്മം സർവം ബ്രഹ്മമയം സദാശിവ ബ്രഹ്മേന്ദ്രസ്വാമികൾ പാടിക്കൊണ്ട് നടന്നു സർവം ബ്രഹ്മമയം കാണുന്നതൊക്കെ ബ്രഹ്മമയം ഇവിടെ എന്തുണ്ട് ജഗത്ത് മുഴുവൻ പരമാത്മ സ്വരൂപം എന്ന് കാണുമ്പോ ബാക്കിയുള്ളവരുടെ കണ്ണിന് ചിലപ്പോ ഭ്രാന്താണെന്നൊക്കെ തോന്നും കൃക്കാണെന്ന് തോന്നും എല്ലാ ഭക്തന്മാർക്കും ലോകത്തിലുള്ളവർക്ക് കൊടുത്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഭ്രാന്തെന്നാണ് അങ്ങനൊരു സർട്ടിഫിക്കറ്റ് തന്നാലേ നമ്മൾ അധ്യാത്മത്തിൽ പുരോഗമിക്കണമെന്ന് അർത്ഥമാവുള്ളൂ അല്ലാതെ ആളുകൾ നമ്മൾ മഹാത്മാ മഹാത്മാ എന്ന് പറയുകയാണെങ്കിൽ സൂക്ഷിക്കണം എന്തോ കുഴപ്പമുണ്ടോ എന്ന് അർത്ഥം നമ്മുടെ കുറച്ചുപേരെങ്കിലും ആരെങ്കിലും നമുക്ക് അല്പം വട്ടുണ്ടെന്ന് പറയണം കുറച്ച് ഭ്രാന്തണ്ടെന്ന് പറയണം ഭ്രാന്തെന്നു വെച്ചാൽ എന്താ പറ്റുള്ളവർ കാണാത്തത് കാണുന്നതാണല്ലോ ഭ്രാന്ത് ഇപ്പൊ ഭ്രാന്തന്മാരെന്ന് പറയുന്നതിന് ഡിഗ്രിയിലെ വ്യത്യാസമുള്ളൂവേ അവര് നമ്മൾ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കണക്ക് അവര് വെളിയിൽ പറയണു അത്രേ ഉള്ളൂ നമ്മൾ വെളിയിൽ പറഞ്ഞാൽ നമ്മൾ ഭ്രാന്തന്മാരാവും നമ്മൾ പറയുന്നില്ല ഒരു ഭ്രാന്തനെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു ഒരു പ്രസിദ്ധനായ റൈറ്റർ എഴുതുന്ന കഥയാണ് അദ്ദേഹത്തിന്റെ ബന്ധു കൂട്ടുകാരൻ ഇപ്പൊ ഇദ്ദേഹം ഭ്രാന്താസ്പത്രിയിൽ പോയി ആ ഭ്രാന്തനെ കണ്ടു കണ്ടിട്ട് എങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചു പരമസുഖം ആ വെളിയിലുള്ള ഭ്രാന്ത ലോകം വിട്ടപ്പോ സമാധാനമായി എന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ ഒരേ മാതിരി ഉള്ളവരായതുകൊണ്ട് നമ്മളുടെ ഡിഗ്രി ഓഫ് ഭ്രാന്ത ഉള്ള ഒരു സൊസൈറ്റി ആണെങ്കിൽ നമ്മൾ പണത്തിനെ കുറിച്ച് ചർച്ച ചെയ്ത ഭ്രാന്തെന്ന് പറയില്ല വലിയ വലിയ പ്രസിദ്ധിയും പൊസിഷനും രാഷ്ട്രീയവും ഒന്നും പറഞ്ഞാൽ ഭ്രാന്തെന്ന് പറയില്ല അതേസമയം ഈശ്വരൻ ബ്രഹ്മം ആത്മാ എന്തെങ്കിലുമൊക്കെ കുറച്ച് അധികം കടന്നു പോയാൽ നമ്മളൊക്കെ ഇപ്പൊ സത്സംഗത്തിനൊക്കെ വരും കാര്യമൊക്കെ ശരി പക്ഷെ അവരവരുടെ വീട്ടിൽ കുട്ടികൾ കുറെ ഈ മാർഗത്തിൽ തിരിഞ്ഞാൽ അപ്പൊ പേടി തുടങ്ങും അച്ഛനമ്മമാർക്ക് എന്തൊക്കെയോ പറയണമെന്നാണ് ഇതൊക്കെ ഒരു അറുപത് വയസ്സിന് മേലെ മതി പറയും എല്ലാവരുടെ ഉള്ളിലും ഹിരണ്യകശിപ്പുണ്ട് ഹിരണ്യകശിപ്പു ഒരു കഥാപാത്രമല്ല എത്രയോ അച്ഛനമ്മമാരുടെ ഉള്ളിലുള്ള ഒരു അനുഭവമാണ് പ്രഹ്ലാദനൊരു കഥാപാത്രമല്ല എല്ലാ ഭക്തന്റെയും പ്രതിനിധിയാണ് പ്രഹ്ലാദൻ തടസ്സം ചെയ്യുന്നവരുടെ ഉള്ളിലെ ഹിരണ്യകശിപു ഉണ്ടെന്നർത്ഥം അപ്പോ ഭക്തൻ അഥവാ ജ്ഞാനി അദ്ദേഹം സകലതും ബോധമയമായി കാണുന്നു അദ്ദേഹത്തിന്റെ ദൃഷ്ടി ദൃഷ്ടിയും ജ്ഞാനമയും കൃത്വ പശ്യേ ബ്രഹ്മമയം ജഗത് അദ്ദേഹത്തിന് ജഗത്ത് കാണാൻ കാണുന്നില്ല ഈശാവാസ്യമിതം സർവം സകലതും ബ്രഹ്മമയമായിട്ട് കാണുന്നു അതേയിടത്തിരിക്കുന്ന അജ്ഞാനിക്ക് എല്ലാം ജഡവസ്തുക്കളായിട്ട് കാണും ഈയിടെ ഞാനൊരു ശാസ്ത്ര പുസ്തകത്തിലെ എവിടെയോ ഒരു ഇടത്ത് പ്രഭാഷണത്തിന് പോയപ്പോ ആ പുസ്തകം ഇങ്ങനെ ഇരിക്കുന്ന ഒരു മാഗസിൻ അതിൽ കണ്ടു ബോധത്തിന്റെ ഭൗതികത എന്നൊരു ആർട്ടിക്കിള് ഞാൻ കണ്ട് അത്ഭുതപ്പെട്ടു പോയി ഇത്രയധികം മടയത്വം വരൂ ഭൗതികം ബോധമാണെന്ന് പറയണം ഇവർക്ക് ബോധത്തിനെ ഭൗതികമാക്കാനുള്ള വാഞ്ചയാണ് പിന്നെ ജീവിതത്തിന് എന്താ അർത്ഥമുണ്ടാവും ഭൗതികമായി കാണപ്പെടുന്ന ഫിസിക്കൽ പ്ലെയിൻ തന്നെ ഭൗതികമല്ല ഇത് തന്നെ ബ്രഹ്മമയമാണെന്ന് ഞങ്ങൾ പറയണം ചൈതന്യമയമാണെന്ന് പറയണം ഇത് തന്നെ പരമാത്മ സ്വരൂപമാണെന്ന് പറയുമ്പോ പരമാത്മാവിനെ കൊണ്ടുപോയി ഭൗതിക പറ്റുമോ ചൈതന്യത്തിനെ കൊണ്ടുപോയി ജഡ് എല്ലാത്തിനെയും ജഡമാക്കാനുള്ള ഒരു ടെൻഡൻസി അതാണ് ഒരു ജ്ഞാനികൾ ജഡത്തിനെ ചൈതന്യം എന്ന് പറയുമ്പോ മറ്റൊരു വശത്ത് മഠയന്മാര് ചൈതന്യത്തിനെ ജഡമാക്കാനുള്ള പരിശ്രമത്തിലാണ് ചൈതന്യത്തിനെ ജഡമായി കണ്ടാൽ പിന്നെ എന്തിനും കൊള്ളും അതുകൊണ്ടാണ് ഈ വേദാന്തം പറയുമ്പോൾ മുമ്പൊക്കെ പറഞ്ഞിരുന്നു ആ എക്സാമ്പിൾ പക്ഷെ ഇപ്പൊ അത് വളരെ ജാഗ്രതയായി ഉപേക്ഷിക്കുകയാണ് ഇലക്ട്രിസിറ്റി അധികം പേര് ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമാണ് ആത്മാ എലക്ട്രിസിറ്റി പോലെയാണെന്ന് എന്ന് ഇലക്ട്രിസിറ്റി ഒരു ബൾബിന്റെ ഉള്ളിലിരുന്നാൽ ലൈറ്റ് കൊടുക്കുന്നു ടേപ്പ് കോടർ പാടും പറയുമ്പോൾ ആളുകൾക്ക് ഇലക്ട്രിസിറ്റി ഓർമ്മ വന്നിട്ട് ഒരു ജഡശക്തി ഓർമ്മ വരുന്നു ഇത് ചൈതന്യമയമായ വസ്തുവാണ് ഇത് അതിലെല്ലാം അടക്കം സഗുണമായി നമ്മൾ എന്തൊക്കെ പറയുന്നു കാരുണ്യം പ്രേമം ശാന്തി ത്യാഗം വൈരാഗ്യം എല്ലാം അതിനകത്ത് അടക്കമാണ് അല്ലാതെ ഇലക്ട്രിസിറ്റി മാതിരി ജഡമായ ഒരു സാധനമല്ല ചൈതന്യസ്വരൂപമാണ് ആ ചൈതന്യത്തിനെ തന്റെ ഉള്ളിൽ സാക്ഷാത്കരിച്ച ജ്ഞാനി നമ്മൾ എന്താണോ അതാണ് നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്നത് ഞാൻ നമ്മൾ എപ്പോഴും നോക്കിക്കോളാ നമ്മളുടെ ദൃഷ്ടി വെച്ചുകൊണ്ടാണ് നോക്കുക നമുക്ക് ശരീരത്തിന്റെ ബലത്തിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ മസ്സിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കും എത്ര കണ്ട് അയാൾക്ക് ബലമുണ്ട് ഈ ശരീര ജിംനാസ്റ്റ് ആയിട്ടുള്ള ആളുകള് ബാക്കിയുള്ളവരുടെ ശരീരത്തിന് സൗന്ദര്യത്തിൽ ആസക്തി ഉള്ളവര് ബാക്കി സൗന്ദര്യമുള്ള ആളുകളെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കും ആഭരണത്തിൽ ആഗ്രഹമുള്ളവര് ആഭരണമുള്ളവര് എന്തൊക്കെ കഴുത്തിൽ ഇട്ടിട്ടുണ്ടോ ഒക്കെ ക്ലീനായിട്ട് അറിയാം എവിടെ പോയാലും അമ്പലത്തിലായാലും ശരി എവിടെയായാലും സത്സംഗത്തിലായാലും ശരി ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടാവും ബുദ്ധിയിൽ ആഗ്രഹം അറ്റാച്ച്മെന്റ് ഉള്ളവർ മറ്റുള്ളവരുടെ ബുദ്ധി അളന്നുകൊണ്ടേയിരിക്കും ഇവര് എത്ര എത്ര കണ്ട് പഠിച്ചിട്ടുണ്ട് ചില ആൾ അവരവരുടെ സ്ഥിതിയാണ് ഇപ്പൊ ഗീതം മുഴുവൻ കേട്ടിട്ട് ചില ആളുകളുണ്ടാകും വ്യാകരണ പെശയ്ക്ക് എവിടെയെങ്കിലും വരുത്തണ്ടോ എന്ന് അതല്ലാതെ അവർക്ക് ശ്രദ്ധേയം പോലെയ ഓരോരുത്തർക്കും ഓരോ ഒരു ഒബ്സേഷൻ നമ്മൾ എന്താണോ അതാണ് നമ്മൾ പ്രപഞ്ചത്തിൽ കാണുക നമ്മൾക്ക് എന്തു വേണമോ എന്തിലും നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കും അധ്യാത്മികമാണോ എതിലും അധ്യാത്മികം കണ്ടുകൊണ്ടിരിക്കും ഭഗവത് ഭക്തിയാണോ എതിലും ഭക്തിയെ കണ്ടുകൊണ്ടേയിരിക്കും ഏതിലും നമ്മൾ ഇത് ചകഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ എന്താണോ അത് അപ്പോ ആചാര്യസ്വാമികൾ പറഞ്ഞു ദൃഷ്ടി ജ്ഞാനമയമായാൽ ജഗത്ത് ബ്രഹ്മമയം ദൃഷ്ടിയും ജ്ഞാനമയം കൃത്വ പശ്യേത് ബ്രഹ്മമയം ജഗത്ത് തായ്മാനവസ്വാമികൾ ഒരു പാട്ടിൽ പാടി സദ്ഗുരു എന്ന് സ്പർശിച്ച് ഒരു ഉപദേശം ഹൃദയത്തിൽ അങ്ങോട്ട് തന്നപ്പോൾ കാണുന്നത് മുഴുവൻ വെളിച്ചം കൊണ്ടു എന്നാണ് അത്രയും കാലം അത് എവിടെ എവിടെ എവിടെയെന്ന് അന്വേഷിച്ച് നടന്നു ഒരിടത്തും കണ്ടില്ല പാർത്തയിടമെല്ലാം പരവളിയായി തോന് ഓർ വാർത്ത മനുവേ പരാപരമേ ഒരേ ഒരു ഉപദേശം വാർത്തയെ സ്വന്നാണ്ടി തൊഴി എന്നുവെച്ചാൽ പറയാതെ പറഞ്ഞു നടത്ത മൗനോപദേശം ചെയ്തു മൗനോപദേശം ചെയ്തപ്പോ കാണുന്നിടത്തൊക്കെ ഭഗവത് സ്വരൂപമായിട്ട് തീർന്നത് അങ്ങനെ ജഗത്ത് മുഴുവൻ ബ്രഹ്മസ്വരൂപമായി ജ്ഞാനികൾ കാണുന്നു വിവേക ചൂടാമണിയിൽ ശിഷ്യന് ഗുരുപദേശം കിട്ടിയിട്ട് അവസാനം ആ ശിഷ്യൻ പറയുന്നു ലോകം എവിടെ പോയി ചോദിക്കാതെ ലോകം എവിടെ പോയി എന്നാണോ കുറച്ചു നേരം മുമ്പ് കണ്ടതാണല്ലോ അപ്പൊ കാണാനില്ല ക്വഗതം കേനവാനീതം കുത്രലീനമിതം ജഗത് അതുനൈവ മയാദൃഷ്ടം നാസ്തിയേത മഹത് അദ്ഭുതം അതുനൈവ മയാദൃഷ്ടം കുറച്ചു മുമ്പ് ഞാൻ കണ്ടതാണ് ലോകത്തിനെ ഇപ്പിവിടെ ലോകം കാണാനില്ല സകലത്തും ചൈതന്യമയുമായിട്ടിരിക്കുന്നു ആനന്ദമയുമായിട്ടിരിക്കുന്നു ഇതേ ലോകം തന്നെ ജ്ഞാനികളും കാണുന്നത് ഇതേ ലോകം കാണുന്ന ദൃഷ്ടി മാറുമ്പോ ഒക്കെ മാറിപ്പോയി സ്വാമി രാമദാസ് സന്യാസമെടുത്ത് കാഞ്ഞങ്ങാട് രാമദാസ്വാമി സന്യാസമെടുത്ത് രാമനാമവും ജപിച്ചുകൊണ്ട് ഇങ്ങനെ അലഞ്ഞു നടക്കാം തീവ്ര വൈരാഗ്യത്തെ അങ്ങനെ ഈ റോഡിൽ വന്നപ്പോൾ ഒരു സ്വാമിയാർ അദ്ദേഹത്തിന് തിരുവണ്ണാമലയ്ക്ക് കൂട്ടിക്കൊണ്ടുവന്നു രമണാശ്രമത്തിൽ വന്നു അദ്ദേഹം മഹർഷിയെ കണ്ടു മഹർഷിയുടെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു ഈ ഭിക്ഷു അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നു ഇവന്റെ മേലെ കൃപ ചൊരിയണം അപ്പൊ മഹർഷി ഒരു അഞ്ച് നിമിഷം നോക്കിയത്രേ അദ്ദേഹത്തിന് പരമാനന്ദം അകമ്മയ്ക്ക് മലയുടെ മേലെ ആലമരത്ത് ഗുഹ എന്നൊരു ഗുഹയുണ്ട് ആ ഗുഹയിൽ ചെന്ന് ഇദ്ദേഹം ഏകദേശം ഇരുപത്തിയൊമ്പത് ദിവസം രാമനാമം ജപിച്ചുകൊണ്ടിരുന്നു ഇരുപത്തിയൊമ്പത് ദിവസം ഒരു നേരം പോയിട്ട് ഭിക്ഷ എടുത്തുകൊണ്ടുവന്ന് കഴിക്കും ബാക്കി സമയമൊക്കെ അതിനകത്തേ ഇരുന്ന് രാമനാമം ജപിച്ചുകൊണ്ടിരിക്കും ഒരു ദിവസം അകമയ്ക്ക് അങ്ങനെ ഒരു ആനന്ദം ഹൃദയത്തിൽ താൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ പ്രകാശം ഭഗവത് സ്വരൂപം പുറമേക്ക് മുഴുവൻ പരക്കുന്നതായിട്ടൊരു അനുഭൂതി അദ്ദേഹം ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ കാണുന്നതിനൊക്കെ കെട്ടിപ്പിടിക്കണം എന്നൊരു തോന്നല ആനന്ദത്തിൽ എല്ലാം രാമസ്വരൂപമായിട്ട് കണ്ട് മുമ്പിൽ കാണുന്ന മരത്തിനെയൊക്കെ ചെന്ന് കെട്ടിപ്പിടിച്ചു ഒരു പശുവിനെ കെട്ടിപ്പിടിച്ചു അപ്പോ ഒരാൾ ആ തലയിൽ വിറക് കെട്ടും കൊണ്ട് ഒരാൾ വരുന്നുണ്ടായിരുന്നു അയാളെപ്പോ കെട്ടിപ്പിടിച്ചു അയാൾ പാവം പേടിച്ചിട്ട് വിറക് കെട്ടൊക്കെ ഇട്ടിട്ട് ഓടി അപ്പൊ സ്വാമി പറയണു അയാൾ ഓടിയപ്പോഴേ ഞാൻ വിട്ടില്ല പിന്നാലെ ഓടിച്ചെന്ന് പിടിച്ചു പിടിച്ചപ്പോ അദ്ദേഹം നോക്കിയത്തെങ്ങനെ നോക്കിയപ്പോ അയാൾക്ക് ഒരു സമാധാനം ഉണ്ടായി വായില് പല്ലില്ല അതുകൊണ്ട് കടിക്കില്ലെന്ന് പറഞ്ഞു ആ ആനന്ദത്തില് സഹിക്കവയ്യാത്ത ആനന്ദം ആ ആനന്ദത്തിൽ അവർക്ക് ഈ തന്നെ ഭഗവത് സ്വരൂപമായിട്ട് കാണുന്നവയ്യും കാണുന്നതൊക്കെ എന്തും ഭഗവാൻ എന്തും ഭഗവാൻ എന്ന് ദർശിക്കുമ്പോ നമ്മൾ ഭഗവാൻ എവിടെയുണ്ട് എവിടെയുണ്ട് എവിടെയുണ്ട് ഏത് അമ്പലത്തിലാ ഉള്ളത് ഈ അമ്പലത്തിലുണ്ടോ അവിടെ ശക്തി പോയി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കണം എന്താ കാരണം ആകമേ ഭഗവാനെ കണ്ടാലല്ലേ ഭഗവാനെ പുറമേ കാണാൻ പറ്റുള്ളൂ ശിവവാക്യർ എന്നൊരു സിദ്ധൻ അദ്ദേഹമേ വലിയ ഭക്തനാണ് അദ്ദേഹം ഒരാളെ ചീത്ത പറയാണ് കൊറേ കാലമായി ഒരു കല്ലിനെ വെച്ചിട്ട് ശിവലിംഗമോ എന്തോ വെച്ചിട്ട് അതിങ്ങനെ ചുറ്റി ചുറ്റി ചുറ്റി ചുറ്റി മുണു ജവിക്കണം ആരെങ്കിലും എന്നാൽ ദേഷ്യപ്പെടും ചിരിത്ത പറയും എന്നിട്ട് കൊറേ കാലമായി ജപം ചെയ്യണ്ട അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ് നട്ടകല്ലു പേശുമാനാഥൻ ഉള്ളിരുക്കയിൽ ശുദ്ധി വന്നു മുണു മുണുന്ന് ചൊല്ലും മന്ത്രം ഏതെടാ ഉള്ളിലിരിക്കുന്ന ആ ഭഗവാനെ പരിത്യാഗം ചെയ്തിട്ട് ഒരു കല്ലിനെ നട്ടുവച്ചിട്ട് അതിന് ചുറ്റും മുണു മുണു മുണുമുണു എത്ര കാലമായി തുടങ്ങിയിട്ടു പോർപ്പാട് പുറമേക്ക് രാഗദ്വേഷം ഒന്നും മാറ്റാതെ സകലപ്രാണികളെയും വെറുത്തുകൊണ്ട് ഭാഗവതത്തിൽ കപിലഭഗവാൻ പറയുന്നു ഭൂതഗ്രാമങ്ങളെ അപമാനിച്ചുകൊണ്ട് ആരു പൂജ ചെയ്യുന്നു കുരുദേ അർച്ചാവിഡംബരം അയാൾ പൂജ എന്ന രീതിയിൽ എന്നെ പരിഹസിക്കുകയാണ് അഥമാം സർവേഷു ഭൂതേഷു ഭൂതാത്മാനം കൃതാലയം അർഹയേ ദാനമാനാഭ്യം മൈത്രിയാ അഭിന്നയന ചക്ഷുഷ സകല പ്രാണികളുടെ ഹൃദയ ഗുഹയിലും ഇരിക്കുന്ന എന്നെ കണ്ട് അതാത് പ്രാണിക്ക് എന്തെന്തു വേണമോ അതൊക്കെ ഭക്തൻ കൊടുത്തുകൊണ്ടിരിക്കണമെന്നാണ് സകല പ്രാണികളിലും ഭഗവാനുണ്ട് എന്ന് അവന് പ്രത്യക്ഷ ദർശനമാണ് അത് വൈശാരഥി ബുദ്ധി എന്ന് ഭാഗവതകാരൻ പറയണു വൈശാരഥി തെളിഞ്ഞ് അനുഭൂതി മണ്ഡലം അകമയ്ക്ക് തെളിയുമ്പോ ജഗത്ത് മുഴുവൻ ഈശ്വരസ്വരൂപം അതാണ് അയാളുടെ ആ ദർശനം അജ്ഞാനദശയിലിരിക്കുന്ന ആളുകൾക്ക് ഇരുട്ടായിട്ടിരിക്കുന്നു തപോവനസ്വാമി ചിന്മാനന്ദ സ്വാമിയുടെ ഗുരു അദ്ദേഹം ഉത്തരകാശിയിൽ തപസ്സി ചെയ്തുകൊണ്ടിരിക്കും മഹാതപസ്വി അദ്ദേഹം ഇങ്ങനെ ചോട്ടിലേക്കേ ഇറങ്ങി വരില്ല മോളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും അദ്ദേഹത്തിന് മലയാളത്തിൽ തപോവന ചരിത്രം അഥവാ ഈശ്വരദർശനം എന്ന് അദ്ദേഹം സംസ്കൃതമാണ് മൂലഗ്രന്ഥം മലയാളത്തിൽ വിവർത്തനം ചെയ്ത് ഒന്ന് വായിച്ചു നോക്കാം അദ്ദേഹത്തിന് ഹിമാലയത്തിൽ ഓരോ ഇടം കാണുമ്പോഴും ഇതൊക്കെ ബ്രഹ്മസ്വരൂപമാണ് ഭഗവത് സ്വരൂപമാണ് കൊടും മഞ്ഞ് പെയ്യുമ്പോ ഉത്തരകാശിയിൽ ആ മഞ്ഞ് പെയ്യുമ്പോ അവിടത്തുള്ള മലനിവാസികളെ അവിടെ ഇരിക്കില്ല ആ സമയത്ത് അദ്ദേഹം ആ മഞ്ഞില് ഇതൊക്കെ ഭഗവത് സ്വരൂപമാണെന്ന് പറഞ്ഞ് ആനന്ദത്തിൽ നിർത്തണം ചിന്മയാനം സ്വാമി തന്നെ ഒരിടത്ത് എഴുതിയിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിന് പുറകെ നടക്കും അദ്ദേഹം സൂര്യൻ ഉദിക്കുന്നത് കണ്ട അന്തം വിട്ടും ഇങ്ങനെ നിൽക്കും ആകാശം കണ്ട് ഭ്രമിച്ചു നിൽക്കും വൃക്ഷങ്ങളെയൊക്കെ കണ്ട് ആനന്ദത്തിൽ നിൽക്കും ഞാൻ അദ്ദേഹം തന്നെ കുറിച്ച് എന്റെ ഈ സ്ഥൂലബുദ്ധിക്ക് ഒന്നും പിടികിട്ടില്ല അദ്ദേഹത്തിന്റെ ഈ ആനന്ദം കണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു നിൽക്കുന്നു അദ്ദേഹം എന്തിനെയാ അങ്ങനെ നോക്കണതെന്നേ അറിയില്ല എന്തിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്താ ഇപ്പൊ നമ്മൾ എത്ര ഇല്ല ഇപ്പൊ നമ്മൾ എത്ര കാണുന്നു നമ്മൾ ആകാശം കാണുന്നു നമ്മളും മരം കാണുന്നു നദി കാണുന്നു അതേ സ്ഥലത്തിന് സരിത്സമുദ്രാംശ ഹരേ ഹെ ശരീരം യജ്ഞഭൂതം പ്രണമേത് അനന്യ എല്ലാം നമ്മൾ കാണുന്ന വസ്തുക്കളെ തന്നെ യോഗികളും കാണുന്നു അവർ കാണുന്ന കണ്ണു വേറെ അവര് കാണുന്ന കണ്ണ് ജ്ഞാനത്തിന്റെ കണ്ണ് പ്രേമത്തിന്റെ കണ്ണ് ആ കണ്ണിന് ഭഗവാനെ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ ആ കണ്ണിന് ഇനി ലോകത്തിനെ കാണാൻ പറ്റില്ല ആ കണ്ണ് പുതിയതായിട്ട് നേടുന്നതും അല്ല അകമയ്ക്ക് വാസനകൾ പോയാൽ നമ്മുടെ ഈ പുറമേ കണ്ണ് തന്നെ ഭഗവാനെ കാണും വാസനകൾ ഉള്ളതുകൊണ്ട് പുറമേ കണ്ണിന് ഭഗവാനെ കാണാൻ പറ്റണില്ല വാസനാശൂന്യമായ ഹൃദയത്തില് വാസനയ്ക്ക് തീവ്ക്കണം ബംഗാളില് ഒരു യോഗിയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരെനിക്കിപ്പോ മറന്നുപോയി അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹം ഈ ഭക്തിമാർഗത്തിൽ തിരിഞ്ഞതെന്ന് അദ്ദേഹം അലക്കുകാരനായി വസ്ത്രത്തിന് വാസന എന്ന് പറയവർ വസനം വാസന അവിടെ വാസന വാ എന്ന് പറയില്ല ബംഗാളികൾ ഭാവാണ് അവർക്ക് അപ്പോ ഇയാള് ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ കുളിച്ചു വരുമ്പോ മകൾ അച്ഛനോട് ചോദിക്കുകയാണ് വാസന തുണിയൊക്കെ ഈ അലക്കാൻ അടിയില് വിറകുവെച്ച് അതിന്റെ അടിയില് തീവച്ച് ചൂടാക്കണമല്ലോ അപ്പോ അവൾ ചോദിച്ചു മകള് അച്ഛ നേരമായി വാസനക്ക് തീ വെക്കാനായില്ലേന്ന് ചോദിച്ചു അതായത് വസ്ത്രം അലക്കാനായിട്ട് തീ വെക്കാനായില്ലേ എന്ന് ചോദിച്ചതാണ് ഇദ്ദേഹത്തിന് ഉള്ളിൽ തോന്നിയതാ എനിക്ക് ഇത്ര വയസ്സായിരിക്കണു ഇനിയും വാസനക്ക് തീവ്ക്കാനായില്ലേന്ന് അകമേയുള്ള ഈ ആഗ്രഹങ്ങളെയൊക്കെ ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് ഇല്ലാതാക്കാനായിട്ടില്ലേ അങ്ങനെ അദ്ദേഹം ആ ദിവസമെല്ലാം വിട്ടുപോയി സർവസംഗ പരിത്യാഗിയായിട്ട് തീർന്നു എന്നാണ് ഈ വാസന അകമേ നിന്ന് നീങ്ങുമ്പോ ഈ കാണുന്ന പ്രപഞ്ചം തന്നെ ഭഗവത് സ്വരൂപം അരുണാചല അഷ്ടകത്തില് മഹർഷിതിനൊരു അറ്റുജ്വലമായൊരു എക്സാമ്പിൾ പറയുന്നു സിനിമാ പ്രൊജക്ടർ അതാണ് അദ്ദേഹം എടുത്ത ഒരു ഉദാഹരണം സിനിമാ പ്രൊജക്ടറിൽ ഫിലിം ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു പുറകില് വെളിച്ചം അടിക്കുന്നു ആ വെളിച്ചം ഫിലിമിൽ തട്ടിയിട്ട് ലെൻസിലൂടെ പ്രൊജക്ട് ചെയ്ത് സ്ക്രീനിൽ കാണുന്നു ഇതാണല്ലോ സിനിമ സാധാരണ ഇതിൽ സിനിമ എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താ ലൈറ്റാണ് ആ ലൈറ്റിനെ ഈ ഫിലിം ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ് സിനിമ ഈ ഫിലിം നടുവിലിങ്ങനെ വന്നിട്ട് ആ വെളിച്ചത്തിനെ തടസ്സം ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഫിലിം പക്ഷെ അതിലൂടെ വരുമ്പോ അതിലുള്ള രൂപമൊക്കെ സ്ക്രീനിൽ നമ്മൾ കാണുന്നു ഇതേപോലെ എത്രയോ ജന്മങ്ങളായിട്ട് ആർജിച്ചുവെച്ച വാസനകൾ ഒരു ഫിലിം പോലെ നമ്മളുടെ ഉള്ളിലുള്ള ചിജ്യോതിസെ തടസ്സം തടസ്സം ചെയ്തുകൊണ്ടിരിക്കും സകല ഇന്ദ്രിയങ്ങളിലൂടെയും പുറമേക്ക് പ്രകാശിക്കുന്നത് ആത്മജ്യോതിസാണ് പക്ഷെ അതിനെ ഈ വാസനകൾ പ്രപഞ്ചാകാരം വരുത്തി കാണിക്കണം ആ ഫിലിം എടുത്തു കളഞ്ഞാൽ സ്ക്രീനിൽ എന്തുണ്ടാവും ഫിലിം അവിടുന്ന് എടുത്തു മാറ്റിയാൽ സ്ക്രീനിൽ വെളിച്ചമയം ഉണ്ടാവുന്നു അതേപോലെ അകമേക്കുള്ള ഈ വാസനകളുടെ ഫിലിം എടുത്തു മാറ്റിയാൽ ഈ പ്രപഞ്ചം എന്ന് നമ്മൾ കാണുന്ന ഈ മണ്ഡലം തന്നെ പ്രകാശമാനമായിട്ട് മാറുന്നു ജ്യോതിസ്വരൂപമായിട്ട് മാറുന്നു ഷൂതു എന്നെ ശോതിയാദിനി ജ്യോതി ഉറുക്കാട്ട് അരുണാചലാം ഇനിയെ എന്നെ പറ്റിക്കാതെ പറ്റിക്കൽ എന്താ ഈ ഉള്ളിലുള്ള മനസ്സിന്റെ ചാഫല്യവും ദൌർബല്യവും കാരണം ഭഗവാനെ എന്നെ പറ്റിച്ചു കളയാതെ അവിടുത്തെ ജ്യോതിസ്വരൂപം എനിക്ക് കാണിച്ചു തരുമെന്നാണ് ആ ജ്യോതിസ്വരൂപം എന്താ ചിത്രത്തിൽ ഈ പ്രജഹാദി യഥാ കാമനകൾ വിട്ടു തന്നാൽ നമ്മൾക്ക് ശരീരം ഞാനല്ല മനസ്സ് ഞാനല്ല ബുദ്ധി ഞാനല്ല എന്നു മാറിയാൽ തന്നെ സത്യം അകമേക്ക് നമ്മളല്ലാത്തതോടുള്ള നമ്മളുടെ സമ്പർക്കമാണ് നമ്മളെ അസത്യത്തിനെ കാണാൻ വയ്ക്കുന്നത് യോഗികൾക്ക് ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതിനോട് അല്പം പോലും അവർക്ക് താതാത്മ്യമില്ലാത്തതുകൊണ്ട് അവർ സ്വയംബോധസ്വരൂപികളായിട്ട് തന്നെ നിൽക്കണം അവർക്ക് ദേഹത്തിനോട് താതാത്മ്യമില്ല മനസ്സിനോട് താതാത്മ്യമില്ല അഹങ്കാരത്തിനോട് താതാത്മ്യമില്ല ഇതിനൊക്കെ സാക്ഷിയായി നിൽക്കുന്ന പ്രജ്ഞയില് അവരുടെ ദൃഷ്ടി നിഷ്ഠമായി പോയിരിക്കുന്നു ആ ദൃഷ്ടി അവിടെ നിഷ്ഠമായതുകൊണ്ട് അവരെ ഇന്ദ്രിയങ്ങളിലൂടെ പ്രപഞ്ചത്തിനെ കണ്ടാൽ പോലും ആ പ്രപഞ്ചം അവർക്ക് അവരുടെ അനുഭൂതി ബോധം തന്നെ പ്രപഞ്ചമായി പുറമേക്ക് പ്രകാശിക്കും നിരമറിച്ച് ദേഹത്തിൽ മാത്രം നിൽക്കുന്നവന് പ്രപഞ്ചം സ്ഥൂലമായിട്ട് ജഡപപദാർത്ഥമായിട്ട് കാണുന്നു ബോധത്തിൽ നിൽക്കുന്നവന് പ്രപഞ്ചം ബോധമയമായിട്ട് കാണുന്നു ഇതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത് ബോധത്തിൽ നിൽക്കുന്ന യോഗിക്ക് പ്രപഞ്ചം പ്രകാശമയം പക്ഷെ അവന്റെ പ്രകാശമാനമായ പ്രപഞ്ചം ഈ ജഡത്തിൽ നിൽക്കുന്ന ലൌകികന് ഇരുട്ടാണ് ജഡത്തിൽ നിൽക്കുന്ന ലൌകികന്റെ ഇരുട്ടായിട്ടുള്ള പ്രപഞ്ചം യോഗിക്ക് വെളിച്ചമാണ് അതാണ് തമസോമാർഗമയാ അസത്തോമാ സദ്ഗമയാ മൃത്യോർമ അമൃതം ഗമയാ തമസ എന്ന് വെച്ചാൽ ജഡം ജ്യോതിസ് എന്ന് വെച്ചാൽ ചൈതന്യം അസത്തെന്ന് വെച്ചാൽ ജഡം സത്തുവച്ച ചൈതന്യം മൃത്യു എന്ന് വെച്ചാൽ ജഡം അമൃതം എന്ന് വെച്ചാൽ ചൈതന്യം ആ ചൈതന്യത്തിൽ ശ്രദ്ധ പതിഞ്ഞു കഴിയുമ്പോൾ ഇരിക്കുന്നു അവർക്ക് ജഡത്തിൽ ശ്രദ്ധ പതിഞ്ഞിരിക്കുന്നവന് ജഡമയമായിട്ട് പ്രപഞ്ചം കാണുന്നു ഇതാണ് യാഷ സർവഭൂതാനാം തസ്യാം ജാഗ്ര സംയമി സംയമി എപ്പോഴും യോഗമണ്ഡലത്തിൽ ഉണർന്നിരിക്കുന്നു ഉണർന്നുകൊണ്ട് തന്നെ ഇരിക്കും ഇവിടത്ത് സച്ചിദാനന്ദ തീർത്ഥൻ എന്നൊരു അവധൂതനുണ്ടായിരുന്നു ആ അവധൂതസ്വാമികൾ അദ്ദേഹം ഇങ്ങനെ ആ നാട്ടിൽ അലഞ്ഞ് നടക്കും ഒരു രാജാവ് ഒരു തമിഴ്നാട്ടിലെ ഒരു രാജാവ് അദ്ദേഹം രാത്രി ഇങ്ങനെ എവിടെയോ യാത്ര ചെയ്തിട്ട് വരുമ്പോ ഈ സ്വാമി അദ്ദേഹം കാവ്യൊന്നുമില്ല ഒരു കൌപിനെ മാത്രം എടുത്തു ഒരു മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കും അപ്പൊ രാജാവ് വന്ന് ഇദ്ദേഹത്തിനെ കണ്ടപ്പോ രാജാവ് വേഷം മാറി നടക്കാണ് അപ്പൊ രാജാവ് ചോദിച്ചു എന്താ ഉറങ്ങണില്ലേന്ന് ചോദിച്ചു ഏയ് ഉറങ്ങിയാ എന്റെ സ്വത്ത് നഷ്ടപ്പെട്ടു പോകുന്നു രാജാവിന് ചിരി വന്നു ചക്രവർത്തിയായി ഞാനേ ഉറങ്ങണു ഈ സന്യാസിക്ക് ഇപ്പൊ എന്താ നഷ്ടമാകാനുള്ളത് അപ്പൊ രാജാവ് പറഞ്ഞോത്രേ തന്റെ ഐഡന്റിറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടുത്തെ ചക്രവർത്തിയാണ് ഞാനേ ഇപ്പൊ പോയി കിടന്നുറങ്ങും അപ്പൊ അദ്ദേഹം പറഞ്ഞു പോത്രേ തനിക്ക് ഉറങ്ങാം താൻ ഉറങ്ങിയാലും ഉറങ്ങിയിട്ടില്ലെങ്കിൽ തന്റെ സ്വത്ത് എന്തെങ്കിലും ഒരു ദിവസത്തെ നഷ്ടമായി പോകും പക്ഷേ എന്റെ അനന്തമായ വിത്തം ഞാനിപ്പോ നല്ലവണ്ണം ജാഗ്രതയോടെ കാത്തുരക്ഷിച്ചാൽ അത് എനിക്ക് ഒരിക്കലും നഷ്ടപ്പെടാത്ത വിത്തമായിട്ട് തീരും അതെനിക്ക് സദാസിദ്ധമായിട്ടുള്ള വിത്തമായിട്ട് തീരും അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങാതെ ജാഗ്രതയോടെ കാത്തുകൊണ്ടിരിക്കുന്നത് തന്റെ അല്പമായ വിത്തമാണെന്ന് പറഞ്ഞോത്രേ രാജാവിനോട് അദ്ദേഹം അപ്പോ യോഗികൾ സദാ ജാഗ്രതയോടെ ഇരിക്കുന്നു എന്നാണ് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാ സത്യം അറിഞ്ഞവർ അത് നഷ്ടപ്പെടാതിരിക്കാൻ ജാഗ്രത പുലർത്തുന്നു ആ ജാഗ്രതയാണ് അവരുണർന്നിരിക്കുന്ന ലോകമായിട്ട് ഭഗവാനിവിടെ പറഞ്ഞത് ജാഗ്രതയില്ലാത്തവൻ ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നു ജാഗ്രതയോടുകൂടി ഇല്ലാത്തവൻ സ്വപൻ അജ്ഞാ സ്വപനേ ജാഗരണം യഥാ ഭാഗവതത്തിൽ ഒരിടത്ത് പറയുന്നു ദേഹസ്തോപിനേഹസ്ഥ ഒരു വിദ്വാൻ ദേഹത്തിലിരിക്കുമ്പോഴും ദേഹത്തിലില്ല നിലമറിച്ച് അജ്ഞാനി ദേഹത്തിലില്ലെങ്കിലും ദേഹത്തിലുണ്ട് അതാണ് നമ്മൾ പ്രേതം എന്നൊക്കെ പറയണത് മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദേഹത്തിനോടുള്ള ഐഡന്റിഫിക്കേഷൻ പോകണമില്ല പ്രേതം എന്നൊക്കെ പറയുന്നത് എന്താ ശരീര പേടിക്കൊന്നും വേണ്ട പ്രേതത്തിന് ജീവിച്ചിരിക്കുമ്പോ അയാളെ പേടിക്കണമെങ്കിലേ മരിച്ചു കഴിഞ്ഞ് പേടിക്കാനുള്ളൂ എന്താന്ന് വെച്ചാൽ ശരീരമില്ലാത്ത മനുഷ്യനാണ് പ്രേതം ശരീരമുള്ള പ്രേതമാണ് മനുഷ്യൻ അത്രയും വ്യത്യാസമുള്ളൂ നമ്മളുടെ ഉള്ളിൽ ആഗ്രഹം ഒക്കെ കൂടെ ഒരു വ്യക്തിത്വമല്ല അതിനും പ്രേതം അത് ശരീരം ഇല്ലെങ്കിലും ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞ് നടക്കുക തെരുവിൽ അപ്പോഴാണ് അതിനെ പ്രേതം എന്ന് വിളിക്കണത് അത് ശരീരം പോയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ വെച്ചുകൊണ്ടിരിക്കുന്നു നിരമറിച്ച് അറിവുള്ളവൻ ശരീരം ഈ പ്രേതബാധയെ ഒഴിച്ചു നീക്കണതാണ് ജീവൻ നമുക്കൊക്കെ ഇപ്പോ പ്രേതം ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കണോ പ്രേതം ഉള്ളിലുണ്ട് എല്ലാവരുടെ ഉള്ളിൽ ഈ സൂക്ഷ്മ ശരീരം തന്നെ പ്രേതം അല്ലാതെ എന്ത് പ്രേതം അത് ശരീരം ഉള്ളപ്പോൾ തന്നെ ഈ പ്രേതത്തിനെ ഉച്ഛാടനം ചെയ്യണം ഉള്ളെന്ന് നീക്കൽ നീക്കൽ തന്നെ മുക്തി എന്ന് പറയണത് അപ്പോ ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ അവൻ ശരീരത്തിൽ ഇല്ല നേരെ അജ്ഞാനിയോ ശരീരത്തിൽ ഇല്ലെങ്കിലും അവൻ ശരീരത്തിൽ ഇരിക്കണോ സ്വപ്നത്തിൽ എന്തൊക്കെ ശരീരം ധരിക്കണോ നമ്മളല്ലേ അതേപോലെ തന്നെ മരണത്തിന് ശേഷവും ഈ ശരീരത്തിനോടുള്ള ഐഡന്റിഫിക്കേഷൻ പോകണില്ലേ അപ്പോ അതാണ് ശരീരത്തിൽ ഇല്ലാത്തവന് സകലതും ചൈതന്യമായും ശരീരം മാത്രം ഞാൻ എന്ന് കരുതുന്നവന് ജഗത്ത് ജഡപപ്രപഞ്ചമുണ്മയായിട്ട് തോന്നുന്നു ഇതാണ് ഈ ശ്ലോകത്തിന്റെ മർമ്മം മേൽക്കൊണ്ട് ഉള്ളത് രണ്ട് മൂന്ന് ശ്ലോകങ്ങള് നമുക്ക് നാളെ കാണാം നാളെ വൈകുന്നേരത്തോടുകൂടെ ഇവിടുത്തെ ഈ ഗീതായജ്ഞം സമാപിക്കും നാളെ രാവിലെ സദ്ദർശന പ്രഭാഷണം സമാപിക്കും ഏഴുമണി മുതൽ എട്ട് മണിവരെ പതിവ് പോലെ സദ്ദർശനം നാളെ രാവിലെ സമാപിക്കും നാളെ വൈകീട്ട് ഭഗവത്ഗീതായജ്ഞം ശനിയാഴ്ച ഉണ്ടാവില്ല നോട്ടീസ് അനുസരിച്ച് ശനിയാഴ്ച വരെ എന്ന് പറഞ്ഞിട്ടുണ്ട് നാളെത്തോടെ ഇവിടെ ഈ സ്ഥിതപ്രജ്ഞലക്ഷണം മാത്രം കർമ്മയോഗം എന്ന് പറഞ്ഞിരുന്നു രണ്ടും കൂടെ അതിൽ നമുക്ക് പറയാൻ ഒക്കില്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ നീട്ടി പറഞ്ഞു പോയത് നാളത്തോടെ ഇവിടെ ഈ ഗീതായുജ്ഞം ഇവിടെ സമാപിക്കും നാളെ വൈകിട്ട് ബാലാവനം കിരീടം ഫലനോദഗ്ധപഞ്ചേഷു കീടം ശൂലാഹതാരതികൂട്ട ശുദ്ധവക്േന്ദു ചൂടം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവേവാ ശിവ ശംഭോ മഹാദേവേശംഭോ ശംഭോ മഹാദേവേവാ അംഗേ വിരാജദ് ഭുജംഗം അഭ്രഗംഗാതരാമോത്തമാങ്ക ഓീകുറ സിദ്ധസംസേവിതജ മാർഗന്ധു ശംഭോ മഹാദേവദ ശിവ ശംഭോ മഹാദേവേശംഭോ ശംഭോ മഹാദേവദർപ്പമീശം ഠം മഹേശം മഹാവ്യോമകേശം കുന്ദന്തം സുരേഷൂര്യ പ്രകാശം ഭജേ മാർഗന്ധു മഹാദേവ ശംഭോ മഹാദേവേശംഭോ ശംഭോ മഹാദേ മൂതേരുദാരം മന്ദഗേന്ദ്രസാരം മഹാഗൌര് ദൂരം സിന്ധൂരൂര പ്രചാരം സിന്ധുരാജാതിധീരം ഭജേ മാർഗന്ധു മഹാദേവ ശിവ ശംഭോ മഹാദേവേശംഭോ ശംഭോ മഹാദേവേവാേപി സുഖിന് സു സന് നിരാമയാേ ഭദ്രാണു പശ്യൻ മാ കിുഃഖഭമാത്മാവസി മേ തച്ചിദസ്തിയപേഷ്ടത്മനു കാര്യന വചാസേന്ദ്രിർ ബുദ്ധാത്മന പ്രകൃതി സ്വഭാത് കോമമ പരസ്മൈ നാരായണയേതി സമർപ്പമ ഹര നമു പാർവതീപതേ ഹരഹര മഹാദേവ